ശ്രീമിസമാ സിദ്ധസ്വദി വാണേശ്വര സി വധ സേ പകര കേ 재미ensive ujourd� gutter filtrate Inshaabda rayne mutliHA effects lur Langyaka yaktarihihah lakshyaa Hanumta yi സുരവേ ദേശ്മി സുനൈ സന്ദേകേ ശൗലസമന്തം പുരുഷം സൂമദാഹസ്തഗ്രഹീതം മാനയന്തി അപഹർഷീസ്തേം ആകാശേ പരസമസ്മൈ తపతేతి సయุตస్య ప్రతా భవతే പരസ്യം പ്രതിഗഹ്യത്തെ അധ്യയന അതെ കൃത് ത സത്യമാത്മാനം സ സത്യ അപ്പം സത്യേനാത്മാന മന്ത്രം തതിഗ്ണാതിഷോണിമേതാ സത്യം विदी കന്യാഗ്രഹസാത്മത്വോർന്തരഭൂത സഭവതി ബുദ്ധിമാത്രമിഹ കർത്ത ചോദ്യത്തെ നോ അജ്ഞാത സമീതി ജ്ഞാപ്യതസ് പക്ഷേപ്യശുശദം അനുപന്നും സദസ്മീതിവാൻ പുരുഷവേദ തരമീതി ബുദ്ധിമാത്രം കർവ്യത യ വിധീയത നമ്മ ശബ്ദവാച്യ സദ്രൂപത്തെ തൻ വേദിത് ജാനോപായോവാച്യാ യഥാഗ്നി ആദിഷു അർത്ഥപ്രാപ്തമേ ആചാര്യത്വം ഇത് ഇവിടെ തത്വമസി അതിന്റെ താല്പര്യം എന്തല്ല അതാണ് ഇവിടെ പറഞ്ഞത് എന്താണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു പക്ഷെ സംശയം വരാം മറ്റെന്തെങ്കിലും ആകാമോ മനനം ഇത് മനത്തിന്റെ ഭാഗമാണ് ശ്രവണം എന്ന് പറയുന്നത് തത്വത്തെ ബോധിപ്പിക്കും പക്ഷെ ബോധിക്കുന്നവൻ്റെ മനസ്സിൽ സംശയങ്ങൾ വരും അങ്ങനെ ആകാമോ ഇങ്ങനെ ആകാമോ സ്വാഭാവികമാണ് സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനാണ് മനനം അപ്പോൾ മനനം എന്നുള്ള രൂപത്തിൽ പറയുകയാണ് ഇവിടെ സദസ്മീതി ബുദ്ധിമാത്രം കർത്തവ്യതയ വിധിയത് ഇത് കർമ്മവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് കർമ്മത്തോടനുബന്ധിച്ച് ഇങ്ങനെ ചില ജ്ഞാനോപദേശമുണ്ട് നിങ്ങളതിങ്ങനെ അറിയുക എന്നും മറ്റും പറയും ഇതും കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കർമ്മകാണ്ഡത്തിന് ശേഷമായിട്ടാണല്ലോ വരുന്നത് ഇവിടെയും അതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക ജ്ഞാനത്തെ മാത്രം ഉപദേശിക്കുന്നു അതറിയാൻ വേണ്ടി കേവലം അറിവ് അതിൻ്റെ വ്യത്യാസമുണ്ട് അത് ബുദ്ധി മാത്രം കൊടുത്താ വിദ്യ നമ്മൾ ആർജിക്കുന്ന അറിവ് ഇൻഫർമേഷൻ എന്ന് പറയും എന്തെങ്കിലും ഒരു വിവരത്തെ കുറിച്ച് ഒരു വിവരമുണ്ടാകും ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അതിൽ നിന്നൊരു കാര്യങ്ങൾ നമ്മളെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നു അതുപോലെ വേദത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട് മുഖ്യമായിട്ട് കർമ്മങ്ങളെ സംബന്ധിച്ച് ഉപാസനകളെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാനുള്ളത് അതിനാണ് ബുദ്ധി എന്ന് പറയും അത് കർമ്മ അനുബന്ധിയായി വരും അതുപോലെ ഇവിടെയും എന്തെങ്കിലും ചില വിവരങ്ങൾ ഇത് കാണുമ്പോൾ അതിലിപ്പോൾ കർമ്മം ചെയ്യാനുള്ളതാണ് അഗ്നിഹോത്രം അത് ചെയ്യണം അതിൻ്റെ വിധാനങ്ങൾ എങ്ങനെയാണ് എന്ന രീതി ചെയ്യണം എന്നൊരു അധികാരിയാണ് ജ്യോതിഷ്കർമ്മ വിശ്വമേധം കാലമുണ്ട് എന്ന കാലത്ത് ചെയ്യണം ഇതറിഞ്ഞാൽ ആ കർമ്മങ്ങളെല്ലാം അതേ രീതി ചെയ്യാൻ പറ്റും അതോടൊപ്പം കർമ്മത്തിന് നേരിട്ട് ഉപയോഗമില്ലാത്തതും എന്നാൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നും പറയുന്നവിടെ ആത്മാവ് കർമ്മത്തിന് നേരിട്ട് ഉപയോഗമൊന്നുമില്ല കർമ്മത്തിൽ ഉപയോഗം വരുന്നത് എന്താണ് ആരാണ് യജമാൻ ആരാണ് ഋത്തിക്ക് എന്താണ് ഹവിസ് വേരി എങ്ങനെ ഉണ്ടാകണം കാലം ഏത് കാലത്ത് ചെയ്യണം എന്താണ് കർമ്മത്തിൻ്റെ ഫലം ഇത്തരം കാര്യങ്ങളാണ് കർമ്മത്തിൽ പോവുകയെ വരുന്നത് പക്ഷെ അവിടെ തന്നെ ആത്മാവിനെ കുറിച്ച് പറയും ശരീരത്തിൽ നിന്ന് വേർട്ടൊരാത്മാവുണ്ട് ആത്മാവ് ആണ് ശരിക്കും കർമ്മം ചെയ്യുന്നത് ഈ ശരീരമില്ല ആത്മാവാണ് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങൾ അപ്പൊ അവിടെ ആത്മജ്ഞാനുണ്ട് ആത്മബോധമുണ്ട് ഇതുപോലെ സദസ്മി തർണാത്മാവാണെന്ന് അറിയുന്നത് പോലെ സദസ്മി എന്ന് കേവലം അറിയില്ല ബുദ്ധി മാത്രം അങ്ങനെ ഒരു അറിവുണ്ടാകണം കർത്തവ്യതയോ വിധീയതയും സാറിന് ഈ വേദത്തെയും വേദാന്തത്തെയൊക്കെ സമീപിക്കുമ്പോൾ സാറിന് മനുഷ്യന്റെ മനസ്സിലുള്ള ധാരണ ഇതാണ് എന്താണ് ഇതിൽ നിന്ന് അറിവ് സമ്പാദിക്കുക നമ്മളെ പറയും ശാസ്ത്ര പഠനം ശാസ്ത്രത്തെ പഠിക്കുന്നു ശാസ്ത്ര പഠനം എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ് മനുഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശാസ്ത്ര പഠനം ഇല്ല ഞാൻ നമ്മളത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മളെപ്പോഴും പഠിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് അദ്വൈതത്തിൻ്റെ രീതി അതല്ലോ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ലേ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് നമ്മുടെ അറിവിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാക്കുന്നൊരു സാധനം അല്ല അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത് ബുദ്ധിമാത്രം കർത്തവ്യതയായിരിക്കുന്നത് ഒരറിവ് നമ്മൾ നേടണം അല്ലേ നമ്മൾ തരുന്നതും ആശ്രമത്തിൽ താമസിക്കുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് പുറത്തുനിന്ന് ഒരാളോട് വന്നിട്ടൊക്കെ പെടിക്കുമ്പോൾ അത് ചെന്ന് കേട്ടു കേട്ടുകൊടുക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്ത് വിചാരിക്കും നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചും ഒക്കെ വിചാരിക്കും മോശമെല്ലാം വിചാരിക്കത്തുള്ളൂ നമ്മുടെ കർത്തവ്യ അതിനെ പ്രേരിപ്പിക്കുന്നു എന്നിട്ട് കൂടുതൽ അറിവ് സമ്പാദിക്കുക അതല്ല ഉപനിഷത്തിൻ്റെ രീതി കർത്തവ്യമായിട്ട് വിധിക്കുകയല്ല ുദ്ധി മാത്രം അത് നമ്മളെ ബുദ്ധിക്ക് കൂടുതൽ ഭാരത്തെ ഉണ്ടാകും കൂടുതൽ അറിവുണ്ടാകും അറിവ് ഇവിടെ പ്രയോജനമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഒരുപാട് അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചിത്തഭ്രമണകാരണം എന്ന് പറഞ്ഞതുപോലെ എന്ന് ആചാര്യൻ പറഞ്ഞതുപോലെ ചിത്തഭ്രമുണ്ടാകുക അത്രേ ഉള്ളൂ അതുകൊണ്ട് വിശേഷിച്ചൊന്നും ഒരു കേവലം നമ്മുടെ ബുദ്ധിയെ വലുതാക്കാൻ വേണ്ടി അറിവിനെ വലുതാക്കാൻ വേണ്ടിട്ടു നമ്മുടെ വൃത്തിജ്ഞാനത്തെ വിഷയജ്ഞാനത്തെ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ല ഇവിടെ അതല്ല ഇവിടെ ശ്രുതി എപ്പോഴും എന്താ ശ്രമിക്കുന്നത് നമ്മുടെ വിഷയജ്ഞാനങ്ങളെ വിപുലമാക്കാൻ വേണ്ടിട്ടുണ്ട് അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് മറച്ച് തം ശബ്ദവാച സദ്രുപത്വമേവ ശ്രുതിക്ക് ഒരു കാര്യം മാത്രമേ ബോധിപ്പിക്കാൻ താല്പര്യൂ ത്വം ശബ്ദ വായിച്ചു ഇവിടെ സ്വേതകേതുവിനെ വിളിക്കുന്നു നീ എന്ന് വിളിക്കുന്നു നീ എന്ന് ശ്വേതകേതുവിനെ വിളിക്കുമ്പോ ശ്വേതേതു എന്താ ധരിക്കേണ്ടത് വിശേഷിച്ചെന്താണിക്ക് കൂടുതൽ അറിവെല്ലാം ഉണ്ടാകാനാണ് പിന്നെന്താണ് സദ്രുപത്വമേവാ തന്നെ സത്തായി ഗ്രഹിക്കുക ഇത് മാത്രമേ ത്വംശബ്ദവാചത്തെ സത്തായി ഗ്രഹിക്കുക ഇതാണ് ഗ്രഹിക്കേണ്ടത് ഇതല്ല എന്നാണ് ഈ പഠിക്കുന്നവരെല്ലാം ധരിക്കുന്നത് ശാസ്ത്രം പഠിക്കുന്നവർ കഥ ധരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ശാസ്ത്രപഠനം ഇല്ല ഇവിടെ ശ്രവണം മനനം വ്യത്യാസം അദ്വൈതസാധനം ഇതേ പഠനം എന്ന് പറയുന്നില്ല അവിടെ എന്താ തും ശബ്ദവാച്യത്തെ സത്വം ഇതാണെന്ന് മനസ്സിലായ ശാസ്ത്രപഠനവിടെ തീർന്നു പിന്നെ മുന്നോട്ട് പോകാനൊന്നുമില്ല അത് അത്ര എളുപ്പമാണോ അതിനെന്താ പ്രശ്നം അതിനുള്ള സമാധാനങ്ങളാണ് പറയുന്നത് വിശേഷറിവുണ്ടാകാൻ വേണ്ടിയില്ല അർത്ഥം ശബ്ദ വാചേസ് സദ്രൂപത്വം ഇവർ ആചാര്യവാൻ വേദിരി ഞാനും ഉപദേശവും വാച്ചെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ പറയുന്ന എന്തെങ്കിലും അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ആചാര്യവാൻ വേദ എന്ന് പ്രത്യേകം പറഞ്ഞു കാരണം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് അനന്തശാസ്ത്രം ബഹുവേദിതവും ഒരുപാട് ശാസ്ത്രങ്ങളുടെ അറിയാനും ഒരുപാടുണ്ട് ശാസ്ത്രാന്യു വർഷശതേന ശാസ്ത്രാന്തം നാധികരിച്ചത് നൂറ് ആയുസും പൂർണമായി കിട്ടിയാലും ഒരാൾക്ക് അത് കിട്ടത്തില്ല ബാല്യം വാർദ്ധക്യം ഇങ്ങനെ കുറെ പോവും പിന്നെ വ്യവഹാരങ്ങളിൽ പോവും സുശക്തിയിൽ പോവും അങ്ങനെ ഒരാൾക്കൊരിക്കലും ആയുസ് മുഴുവൻ ശാസ്ത്ര ശ്രവണത്തിന് കിട്ടത്തില്ല പറയുന്നു അങ്ങനെ ഒരായുസ് നൂറു വർഷം പൂർണമായും മാർഗം ഇങ്ങനെ കിട്ടിയെന്നിരിക്കട്ടെ ബാല്യവും യൗമുനവും സുഷുക്തിയും വ്യവഹാരങ്ങളും പോയിട്ടൊരു നൂറു വർഷം കിട്ടിയാലും ശരി ഇതിൻ്റെ അവസാനം എത്തത്തില്ല പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല വീണ്ടും പഠിക്കാൻ ശേഷിക്കും ഉപനിഷത്ത് ഭാഷ്യം പിന്നെ അതിൻ്റെ ടീക പിന്നെ ടിപ്പണി അതിൻ്റെ തുക ഇങ്ങനെ അങ്ങ് പോവുകയെന്നൊരു അവസാനം വരത്തില്ല എത്ര വിപുലമായിട്ടാണ് തുടങ്ങുന്നത് അവിടെ പറയുന്നു എന്താണ് ആചാര്യവാൻ വേദ പറയുന്നു എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുവെച്ചാൽ എന്താണ് ശാസ്ത്രത്തിന്റെ താല്പര്യമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാളാണ് എന്നാലും ഇത് പിടികിട്ടും അങ്ങനെ മനസ്സിലായി കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ അവിടെ അധികം ഒന്നുമില്ല ഇതാ എന്താണ് പ്രദേശം ഞാനെന്റെ ഇവിടെ ഉപദേശിക്കുന്നത് ഞാനോപായങ്ങളെയാണ് ഉപദേശിക്കുന്നത് വിശദീകരിക്കും ശ്രവണം മനനം നിധ്യാസം പറഞ്ഞു ശ്രുത്വത്വ ശ്രുത്വ കേട്ട് മത്വ പല സംശയങ്ങളെ ദൂരീകരിച്ച് വിജ്ഞായ നിശ്ചയിച്ചു എന്നതാണ് ഇതിന്റെ പരമ താല്പര്യം അങ്ങനെ അതാണ് ഞാൻ പായ ഉപദേശം അതിലാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടക്കുന്നത് അതിന് അത് വ്യക്തമാക്കാനൊരാളില്ലാതെ എങ്ങനെ സാധ്യമാണ് എല്ലാ ആചാര്യന്മാരും എല്ലാ ശാസ്ത്രവും എല്ലാ സാധനങ്ങളുടെയും താല്പര്യ ഇതാണ് ആത്യന്തികമായി ലക്ഷ്യം തന്നെയാണ് ഞാന ഉപദേശം തന്നെ അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവലം നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം കർമ്മസംബന്ധിയായി വിധിക്കുന്നത് പോലെ ഇവിടെ പറയുകയല്ല യഥാ അഗ്നിഹോത്രം ജുഹുയാ അത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യം പറയുന്നു വിദ്യയോ ആദിഷവും അർത്ഥപ്രാപ്തമേയോ ആചാര്യത്വമിതി നേരിട്ട് ആചാര്യന്റെ പ്രാധാന്യത്ത കൊടുക്കുന്നു മറ്റിടത്ത് അങ്ങനെയല്ല അഗ്നിഹോത്രം ജുഹുയാ സർവകാമോ ചെയ്ത ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് ആചാര്യന്റെ കാര്യം നേരിട്ട് പറയുന്നില്ല ആചാര്യനെന്ന് അത് ഗ്രഹിക്കണമെന്ന് പറയുന്നില്ല എന്നാൽ ആചാര്യൻ വേണം അവിടെ ഗുരുവുണ്ട് ഗുരുവാണ് വേദം ചൊല്ലിക്കൊടുക്കുന്നത് ഗുരുവാണ് വേദാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉപനിഷത്ത് പ്രത്യേകിച്ച് പറയുന്നു ആചാര്യവാൻ ആചാര്യൻ കൂടിയേ തീരും അതിൻ്റെ സാധ്യമല്ല ആചാര്യൻ അതിൻ്റെ ശ്രുതിയുടെ താല്പര്യത്തെ വിശദമാക്കിക്കൊടുക്കുന്നു അത് നമ്മുടെ മനസ്സിൽ വരെ എത്രയോ മഹാത്മാക്കളുണ്ടായി അവരെല്ലാം ഇതുപോലെ ഭാഷയും പഠിച്ചിട്ടാണ് മഹാത്മാക്കളായത് ജ്ഞാനികളായത് അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് ഒരു ഗുരു ഇല്ലാതെ തന്നെ എത്രയോ പേര് ഉണ്ട് അതിനിടെ ഇത്രയും വലിയൊരു പ്രാധാന്യത്തിന് കൊടുക്കണം അത് സാധാരണ പറയാറുണ്ട് എന്താണ് ഭാഷകാരനും അതെല്ലാം ജന്മാന്തരങ്ങളിൽ അതെല്ലാം കഴിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചിരിക്കണം അല്ലാർക്കും ആകാശത്ത് നിന്ന് പറ്റത്തില്ല അപ്പം ഈ പരമ്പരയിലൂടെയോ ഒക്കെ ഇത് സംഭവിച്ചിരിക്കണം കടന്നു ഒരു ജന്മത്തിൽ അവരൽ ഗുരുവിന്റെയോ ശ്രുതിയുടെയോ ഒന്നും സഹായമില്ലാതെ തന്നെ ഞാനും പ്രകാശിച്ചെന്ന് സ്വയം തത്വം പ്രകാശിക്കുന്നതിന്റെ അർത്ഥം ആചാര്യൻ വേണ്ടെന്നല്ല അതുകൊണ്ടിവിടെ അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്നത് കൊണ്ടെന്താണോ ഇത് ഞാനുപായ ഉപദേശമാണ് അതില് ഇത് തന്നെ ഗ്രഹിക്കണം തംശബ്ദവാചസദ്രൂപത്വം അതാണിവിടെ നിർദ്ദേശിക്കുന്നത് അതിൽ വരുന്ന എന്താന്ന് ചോദിച്ചോച്ചാൽ ഇനി അതിന് സമാനം പറയുന്നുണ്ട് തസ്യ താവദേവചിരം ഇതിജ ആക്ഷേപകരണം യുക്തം സിയ ഒന്നുകൂടി പറയുന്നതെന്താണോ തസ്യ താവദേവ ചിരം ശ്രുത്വ മത്വ വിജ്ഞായ അധ ഭാഷകാരം പറയുന്നു കേട്ട് മനനം ചെയ്ത് സംശയങ്ങളെല്ലാം സ്വീകരിച്ച് തത്വനിശ്ചയം വന്നാ അതിനുള്ള ദോഷങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ അതാ പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല ലോകം പറന്നു പോകുന്നില്ല അപ്രത്യക്ഷമാവുന്നില്ല താവദേവ ചീരാം ഈ ശരീരം പതിക്കുന്നതുവരെ ആ ശരീര പതനത്തിലാണ് സത്സമ്പത്തി ശരീരം പതിക്കുന്നതുവരെ പ്രാരബ്ധ രൂപത്തിൽ എല്ലാം പഴയതുപോലെയാണ് അനുവർത്തി എന്ന് പറയുന്നു അനുവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം തുടങ്ങിയതല്ലേ അനുവർത്തിക്കുന്നു തുടരുന്നു എന്നാണ് എന്നുവെച്ചാൽ ആരംഭിച്ചത് തുടരുന്നു അതുവരെ എന്തുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷത ഒന്നുമില്ല അതറിഞ്ഞതിനു ശേഷം പ്രാരബ് രൂപത്തിൽ ഇതെല്ലാം അനുവർത്തിക്കുന്നു നിക്ഷേപകരണം അവിടെ ഒരു കാലതാമസം പറഞ്ഞു മുക്തിക്കൊരു കാലതാമസം പറഞ്ഞു അത് ഒരു കാലതാമസമുണ്ട് എന്ന സത്സമ്പത്തിക്ക് സത്സമ്പത്തിക്കൊരു കാലതാമസം തത്വജ്ഞാനത്തിന് ശേഷവും അദ്വൈതത്തിന്റെ വഴിയാണ് പറയുന്നത് തത്വജ്ഞാനത്തിന്റെ വഴി അത് പറയുന്നുണ്ട് സദാത്മതത്വേ അവിജ്ഞാദേവി സഹത് ബുദ്ധിമാത്രകരണേ മോക്ഷപ്രസംഗ് ചോദിക്കുന്നു നിങ്ങൾ പറയുന്നു ജ്ഞാനം കൊണ്ട് മോക്ഷം എന്താ അങ്ങനെ എവിടെയെങ്കിലും കാണാറുണ്ടോ ഒരാൾ ഉപനിഷത്ത് പഠിച്ചു ആത്മാവാണെന്നറിഞ്ഞു സത്സമ്പത്തി എന്നുവെച്ചാൽ ഉടൻ തന്നെ ശരീരം വിട്ടുപോകൂ ആത്മാവുണ്ടെന്ന് അറിഞ്ഞു ആ സത്സമ്പത്തി അവിടെ സംഭവിക്കുന്നുള്ളു ഭക്ഷ്യകാരൻ പറഞ്ഞു സുഷുപ്തി മൂർച്ച മരണം ഇതിനേക്കുണ്ട് ഭക്ഷ്യകാരൻ സത്സമ്പത്തിയുടെ സ്ഥാനങ്ങളായി പറയുന്നു അവിടെ സംഭവിക്കുന്നുള്ളു എന്നുവെച്ചാൽ ഇതെല്ലാം പൂർണമായും ജ്ഞാനമെല്ലാം ഉണ്ട് അവർക്ക് പറയാൽ ജീവൻ മുക്തനാണ് ഇതെല്ലാം പറയാം പക്ഷേ സസമ്പത്തി മറ്റടുത്ത് സംഭവിക്കുന്നില്ല എന്ന് ഭാഷകാരൻ പറഞ്ഞു അത് ഇപ്പോൾ വേദാന്തം പഠിച്ചെന്ന് വിചാരിച്ചത് സംഭവിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഉപനിഷത്ത് കേട്ടു എന്ന് വിചാരിച്ച് സംഭവിക്കുന്നുണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതോ കേൾക്കുന്നതോ അറിയുന്നതോ ഒന്നുമല്ല അതല്ല ഇതെന്താണ് ത്വം ശബ്ദ വായിച്ചിട്ട് സദ്രൂപത്വനെ ബോധിപ്പിക്കുന്നു അത് ശ്രവണ മനനങ്ങളിലൂടെ അതിന് നിശ്ചയം വരും അനിശ്ചയം എന്ന് പറയുന്നത് എന്താണോ അതിൽ തടസ്സമായിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറും ഇവർ തീർത്ഥത്വ അജ്ഞാനസം സൗകര്യങ്ങൾ അത് അതിനെ സംബന്ധിച്ച് മാറുന്നു അപ്പോ പിന്നീട് എന്താണോ പിന്നീടും ജീവിക്കുന്നു സത്സമ്പത്തി സംഭവിക്കുന്നില്ല അപ്രാരബ്ധയിക്കുമ്പോൾ അത് ഭാഷകാരൻ വ്യക്തമായി പറഞ്ഞു അപ്രാരബ്ധയം അതാണ് സത്സമ്പത്തി അതാണ് മുക്തിയുടെ ക്രമം അല്ലാതെ കേവലം ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല തത്ത് മസി നാഹം സതി പ്രണവാക്യ ജനത ബുദ്ധി നിവർത്തും ശിഷ്യനോട് ഉപദേശിക്കുന്നു തുമസി സത്താണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്താണ് ആ സത്ത് ആണ് നന്നിലും അനുപ്രവേശം ചെയ്തിരിക്കുന്നത് ആ സത്താണ് പ്രപഞ്ചമായിരിക്കുന്നത് ഈ പ്രപഞ്ചവാസത്തിൽ നിന്ന് അന്യമല്ല ഇന്നിങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മറിച്ച് ഞാനതല്ല എന്ന് തോന്നാൻ എന്താ പ്രമാണം ഇന്ന് ഞാൻ സത്തല്ല എന്നൊരു ബോധം എങ്ങനെ ഉണ്ടാകും ഉണ്ടാകത്തില്ല കാരണം അത് ബോധിക്കുന്നതിന് യോഗ്യതയുള്ളവനാണെങ്കിൽ അത് ബോധിച്ചവനാണ് ബോധിക്കുന്നതെങ്കിൽ പിന്നെ അതിൽ വേറെ വിപരീത ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല എന്നിട്ട് പരമാർത്ഥമാണ് ബോധിപ്പിക്കുന്നത് എന്നെ ബോധിപ്പിക്കുന്നത് എന്താണ് മറന്നുപോകുന്ന കാര്യമല്ല എന്തെങ്കിലും വിഭ്രമുണ്ടാകാം എന്നുള്ള കാര്യങ്ങളല്ലോ ഒന്നുമല്ല അതെല്ലാം വിഷയങ്ങൾ ബോധിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കാൻ പറയുമ്പോൾ അത് ബുദ്ധിയിൽ ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാതെ വരാം വിട്ടുപോകാം ഉൾക്കൊള്ളാതെ തന്നെ ഈ ദോഷങ്ങളെല്ലാം വരാം ഇതിവിടെ തത്ത്വമസിന്ന് പറയുന്നതാണ് സ്വന്തം തന്നെ തന്നെ ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് തന്നെ നിന്ന് അന്യമായ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇവിടെ ബോധിപ്പിക്കുന്നില്ല ഇപ്പോൾ സാധാരണ ഗ്രഹണത്തിൽ വരുന്ന ബുദ്ധിദോഷങ്ങളൊന്നും ഇതിനെ ഗ്രഹിക്കുമ്പോൾ വരാൻ സാധ്യമല്ല പിന്നെ വീണ്ടും സംശയാജ്ഞാനങ്ങൾ നിൽക്കുന്നത് ഇതിനെ ഗ്രഹിക്കുന്നതിന് വന്ന ദോഷമുണ്ട് നമ്മുടെ ബുദ്ധിക്കുള്ള ദോഷങ്ങളാണ് ആ ദോഷങ്ങളിലെ ഗ്രഹിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തും ഉണ്ടായിരുന്നു തന്നൊരു ദോഷമൊന്നും വന്നിട്ടില്ല സദസ്മി എന്ന് തന്നെയാണ് ഒരുവൻ ഗ്രഹിക്കുന്നത് സാമാന്യമായി പദപദാർത്ഥ ജ്ഞാനമുണ്ട് ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്ന ഹൃദയശുദ്ധിയുണ്ട് ഇത്രയുണ്ടെങ്കിൽ അവൻ ഗ്രഹിക്കുന്നത് സദസ്മി എന്ന് തന്നെ ആയിരിക്കും മറിച്ച് ഒന്നും ഗ്രഹിക്കാൻ വഴിയില്ല നാഹം സദ് അങ്ങനെ ഒരു ബോധമുണ്ടാകാൻ വഴിയില്ല പ്രമാണവാക്യജനിതാ ബുദ്ധി അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല നീ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു ഒരാൾ പറയുന്നു ഞാൻ ആത്മാവല്ല ഇതങ്ങനെ സംഭവിക്കും ആ ബോധമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ തത്വമസി അഹം സദസ്മി എന്നുള്ള ബോധത്തെ നിവിടത്തയിലും വേറൊരു ബുദ്ധിയില്ല ന ഉത്പന്നയില്ല അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നില്ല എന്നും പറയാൻ മതി അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു ആ ബോധം ശരീര ആത്മബോധത്തെ നിഷേധിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കുന്നു ഇത് അനുഭവസിദ്ധമായ കാര്യമാണ് സർവോപനിഷ് വാഖ്യാനം തത്പരിതയാവക്ഷയാ ശ്രുതിയെക്കാൾ പ്രബലമായൊരു പ്രമാണം ഏതാണ് ഇതിനെ ബോധിപ്പിക്കാൻ സർവശ്രുതിയും അത് തന്നെ ബോധിപ്പിക്കുന്നു തത്വമസി സർവംഖലിതം ബ്രഹ്മ ആത്മേവേദം സർവം ബ്രഹ്മവേദം സർവം ഇങ്ങനെ നിരന്തരം എന്നെ ഇത് തന്നെ ബോധിപ്പിക്കുന്നു സർവോപനിഷ് വാഖ്യാനം തത്പരതയേവ അതാണ് എൻ്റെ തത്പരത എന്നിട്ട് താത്പര്യം താത്പര്യത്തിന്റെ വേറൊരു രൂപമാണ് തത്പരത തത്സ്യഭാവത്വ തലയും തന്റെ പ്രത്യേകം വരുമ്പോഴത്തേക്ക് തത്പരതും വേറൊരു പ്രത്യേകം സ്യ എന്ന് വരുമ്പോഴത്തേക്ക് താത്പര്യം എന്ന് പറയും അത് ഉപനിഷത്ത് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഉപനിഷത്ത് വാക്യങ്ങളുടെ താത്പര്യം ഇതിനെ തന്നെ വേറൊരു ഭാഷ പറയുന്നു ലക്ഷണയാ എന്ന് പറയും സാഹിത്യത്തിൽ നിന്നും മറ്റും പഠിക്കുന്നവർക്ക് താത്പര്യം ലക്ഷണമെന്നൊക്കെ പറഞ്ഞാൽ വേറെ വേറെ കാര്യങ്ങളാണ് ഇവിടെ അതെല്ലാം ഒന്ന് താത്പര്യ ശ്രുതി താത്പര്യം ഇതാണ് യഥാഗ്നിഹോത്രാദി വിധി ജനത അഗ്നിഹോത്രാദി കർത്തവ്യത ബുദ്ധീനം ആ തഥാ തഥാർത്ഥത്വം അനുപന്നത്വം ഭക്തൻ തത്വം ഇവിടെ ഭാഷ്യകാരൻ മുഖ്യമായും സംസാരിക്കുന്നത് നമ്മളോടല്ല വൈദികരോടാണ് എന്തുകൊണ്ട് വൈദികർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നു കാരണം അവരെന്തായാലും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് കുറെ ധാരണകളുണ്ട് ഇതിനെ സംബന്ധിച്ചു വേദത്തെ സംബന്ധിച്ചും വേദാർത്ഥത്തെ സംബന്ധിച്ചും അതിനൊന്ന് ശുദ്ധീകരിച്ചാൽ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് വേദം അറിയത്തില്ല വേദ താല്പര്യം അറിയത്തില്ല ശരിയോ തെറ്റോ ഒന്നും അറിയത്തില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് ഉപനിഷത് വാക്യർത്ഥത്തെ കുറിച്ച് എന്ത് പറയാനും ഒരു ബോധമില്ലാത്തവനെ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ലാത്തവരെങ്ങനെ ആ വിഷയത്തിൽ പിന്നെ ഒരു ഗവേഷണം നടത്തുന്നു അത് സാധ്യമല്ലോ എന്തെങ്കിലും കുറെ അറിഞ്ഞിരിക്കും അതുകൊണ്ടിവിടെ പറയുന്നു അഗ്നിഹോത്രാദിവാക്യങ്ങൾ അതിൽ നിന്ന് ബോധം ഉണ്ടാകുന്ന നിങ്ങൾക്ക് സമ്മതമാണ് വേദികര കുറേ സമ്മതമാണ് ഞങ്ങൾക്കതിൽ നിന്ന് ബോധമുണ്ടാകുന്നുണ്ട് ആ ബോധം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ട് അംഗീകരിക്കുന്നു അത് വേദവാക്യങ്ങളാണ് വേദവാക്യത്തിൽ നിന്ന് ബോധമുണ്ടാവാം വേദം സത്യത്തെ ബോധിപ്പിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതും വേദവാക്യമാണ് ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക ഇതിൻ്റെ താൽപ്പര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക അഗ്നിഹോത്രാദിവിധി ജനത അഗ്നിഹോത്രാദി കർത്തവ്യതാ ബുദ്ധിനും അനുപന്ന അതിനങ്ങനെ ഒരു അർത്ഥമില്ല അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്ന ശക്തി അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ ഇത് ശ്രദ്ധിക്കുക ഉപനിഷത്ത് ശ്രദ്ധിക്കുക എന്താണ് അതിന്റെ തത്വം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞതാണ് ഈ ഉപനിഷത്ത് പഠിക്കുന്നു അതിന്റെ വാക്യാർത്ഥം മനസ്സിലാക്കുന്നുണ്ട് ശബ്ദവും അർത്ഥവും ബന്ധം മനസ്സിലാക്കുന്നുണ്ട് ഈ ശബ്ദം ഇന്നതാ ബോധിപ്പിക്കുന്നത് എന്ന് പറയും ഇന്ന പദത്തിന് ഇന്നതാ അർത്ഥം കൃത്യമായി അറിയിക്കുക അറിയുന്നവര് വിത്പന്നന അങ്ങനെയുള്ളൊരു വിത്പത്തി വേദപഠനം കൊണ്ട് ആർക്കും ഉണ്ടാകാം ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ അഗ്നിഹോത്രം ചെയ്യുന്നത് അഗ്നിഹോത്രം ചുയാന്ന് പറയുന്നില്ല അർത്ഥം മനസ്സിലാക്കി കൊണ്ടാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ ആ മന്ത്രാർത്ഥത്തിൽ നിന്നാ പോലെ എൻ്റെ താല്പര്യത്തിൽ എത്തിച്ചേരണം എന്നാണ് ആ താത്പര്യം അവിടെ എത്തുന്നില്ല അതാണ് നമ്മുടെ തകരാറ് പഠനം എപ്പോൾ സഹായിക്കുന്നത് അർത്ഥബോധത്തിനാണ് ശ്രവണം സഹായിക്കുന്നത് താത്പര്യം ഞാൻ എത്തും അതുകൊണ്ട് വ്യത്യാസം ആ ശ്രവണമെന്ന് പറയുമ്പോൾ നമ്മുടെ അതിനുള്ള മനോഭാവം തന്നെ മാറും പഠനമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനോഭാവം വേറെയാവും ഉപയോഗമില്ലാത്ത കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു സംസ്കാരം ആ കുട്ടിക്കാലം മുതലേ പഠിക്കും ആ ആ ഈ എന്ന് പറഞ്ഞ് പഠനം തുടങ്ങിയ ഇതുവരെ അവസാനിച്ചില്ല കേട്ടോ അവസാനിക്കത്തത് കാരണം അവിടെ നമ്മുടെ സങ്കല്പം പേരല്ല അത് അവിടെ വിഷയഗ്രഹണമേ സംഭവിക്കത്തോന്നു ഇതല്ല ഇത് താത്പര്യഗ്രഹണമാണ് താത്പര്യഗ്രഹണത്തിന് ശ്രവണം വേണം ശ്രവണത്തിന് ആചാര്യവാൻ പുരുഷവും വേദ താല്പര്യത്തെ ബോധിപ്പിക്കാൻ ഒരാൾ വേണം അങ്ങനെയത് പറ്റി ചെറിയ ചോദിക്കും അപ്പൊ പുസ്തകം വായിച്ചാൽ പോലെ എന്ന് ചോദിച്ചു ധാരാളം പുസ്തകം വായിച്ചാലും പക്ഷെ ആ പുസ്തകത്തിലൂടെ ഒരുവൻ ഗ്രഹിക്കുമ്പോൾ പുസ്തകം എന്ന് പറയുന്നത് എന്താണ് ശബ്ദം ശബ്ദമെന്ന് പറയുന്നത് എന്താണ് ഒരാചാര്യന്റെ ഉപദേശമാണ് അവിടെ ആ ആചാര്യ ഉപദേശം സംഭവിക്കണം പുസ്തക വായന പണ്ടിങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു എഴുത്തില്ലായിരുന്നു അതുകൊണ്ട് വായനയെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല അവരെല്ലാം ശ്രവണം ശ്രവണമെന്നായി പറഞ്ഞു വായന ശ്രവണം തന്നെയാണ് പക്ഷെ ഏതൊരാചാര്യനാണോ അത് രേഖപ്പെടുത്തിയത് ആ ആചാര്യൻ ബോധിപ്പിക്കുന്ന രീതിയിൽ അത് ശ്രമിക്കും അതിനുള്ള കഴിവ് വേണം എന്നാ അത് മതി കാസറ്റ് കേട്ടപ്പോലെ ധാരാളം മതി അവിടെയും ആ രീതിയിലൊരു ബോധനം സംഭവിക്കും മുൻപാകൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതിനെയൊന്നും ആശ്രയിക്കില്ല ഇന്ന് കാസറ്റ് ഗുരുവായാലും മതിയാതൊരു കുഴക്കമുണ്ട് ആത്മബോധമുണ്ടാവും താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതല്ലേ കണ്ടുപറയുന്നു പക്ഷികൾ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ആത്മബോധമുണ്ടായി വൃക്ഷങ്ങൾ പറഞ്ഞപ്പോൾ ആത്മബോധമുണ്ടായി കാസറ്റ് പോലും ഇല്ല അങ്ങനെയുണ്ടാകും പക്ഷിയെക്കും വൃക്ഷങ്ങൾക്കും എല്ലാം ഇത് ബോധിപ്പിക്കാനുള്ള ശേഷിയുണ്ട് മനുഷ്യന് മാത്രമല്ല എന്തുകൊണ്ട് എല്ലാം സത്ത് തന്നെയാണ് അതിൻ്റെ ഇവിടെ പറയുന്നു ആത്മീയ വേദം സർവ എല്ലാ അത് തന്നെയാണ് അപ്പോൾ ഏതിനും അത് ബോധിപ്പിക്കാൻ പറ്റും കേൾക്കാനുള്ള കഴിവ് വേണം എന്നുള്ളതേ കല്ലോ മരമോ മണ്ണോ എന്ത് വേണമെങ്കിലും ഇതിനെ ബോധിപ്പിക്കാം അതിൽ നിന്നല്ല അതിന്റെ ദത്താത്രേൻ്റെയും മറ്റും കഥയിൽ അപ്പോൾ അത് മുഖ്യം മറിച്ചിപ്പോൾ വേദം തന്നെ പഠിച്ചോന്നിരിക്കട്ടെ പണ്ഡിതനായ ആചാര്യം എന്നാലും ബോധിക്കണമെന്നില്ല അഗ്നിഹോത്രാദി വിധികളെ അവർ മനസ്സിലാക്കി കർമ്മങ്ങളെ മനസ്സിലാക്കി ഈ താല്പര്യത്തെ അടുത്ത് വരുന്നു ഇത് തന്നെയാണ് നാരദാസനും കുമാരസംവാദത്തിനും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അത് ഗ്രഹിക്കുക അത് ഗ്രഹിക്കണം എന്നാണ് വ്യത്യക്തം സദാത്മാത്മാണം കഥം എന്ന ജാനിയാൽ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ മറന്നുപോയി ഭാഷകാരം മറന്നിട്ടില്ല എന്താണ് സത്താണെങ്കിലും എന്തുകൊണ്ടത് അറിയാതിരിക്കുന്നു ആണോ ഒന്നതാണെങ്കിലത് അറിഞ്ഞു സാമാന്യ വ്യക്തിയാണ് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണെങ്കിൽ ഞാനിതിനെ പുസ്തകം ഒന്നറിഞ്ഞേ പറ്റും മേശയാണെങ്കിൽ ഞാൻ മേശയെന്ന് അറിഞ്ഞേ പറ്റൂ അത് അങ്ങനെ ഇത് പുസ്തകമായിട്ടിരിക്കുക ഞാൻ കാണുക ഇതിനറിയാതിരിക്കുക എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ ഒരുവൻ സത്താണെങ്കിൽ അവൻ സത്തെന്ന് അറിയണം ഈ ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ആചാര്യൻ്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞ വിശേഷ ജ്ഞാനം കൊണ്ടാണ് അല്ല ഞാൻ രാമനാണ് നീ കൃഷ്ണനാണെന്നൊക്കെ അറിയുന്നത് എന്തെങ്കിലും ആചാര്യനെ ഉപദേശിച്ചിട്ടാണോ അവന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് വസ്തു ഒന്നാണ് ഒരു വസ്തുവിനെ അറിയുന്നതിനുള്ള നിമിത്തങ്ങളുണ്ടായാലറിഞ്ഞു തന്നെ തീരും പദ്ധതി പറയുന്ന എന്താണ് ജ്ഞാനം വസ്തുതന്ത്രം എന്നാണ് ചോദിക്കുന്നു സ്വേതഗേത് സത്താണെങ്കിൽ എന്തിനു ഉദാഹരണൻ ഉപദേശിക്കേണ്ടി വന്നു ചേതഗേത് തന്നെ തന്നെ അറിയണം ഇത് വളരെ ലഘുവായ ശാസ്ത്രം ഇത്രയും വലിയ ഉപദേശം ഒരു തവണയല്ല ഒമ്പത് തവണ ഉപദേശിക്കേണ്ടി വന്നു വളച്ചുകെട്ടിയൊക്കെ പറയേണ്ടി വന്നു ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ എടുത്ത് ഉപമങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വന്നു ഇതിന്റെ ആവശ്യം എന്താണ് കഥം എന്ന് ഇതാണ് പരമാർത്ഥം ഞാൻ അതറിയേണ്ടതാണ് പറയുന്നത് ആ ആത്മബോധത്തെ സംബന്ധിച്ച് നിങ്ങളങ്ങനെ ഒരു ദോഷാരോപണം നടക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് കാര്യകർണസംഘാതേദിത്വം ജീവകർത്ത ഭക്തി സ്വഭാവ പ്രാണനാം വിജ്ഞാന അദർശന സദാത്മാ വിജ്ഞാനം പറയുന്നു അതുപോട്ടെ സദാത്മാ ഇവിടെയും അവസാനം വരെയും ഭാഷക്കാരൻ ഈ സദാത്മാ എന്ന് പറയുന്ന ഇതിന് മാത്രമേ നീക്കുന്നുള്ളൂ ജീവാത്മാ പരമാത്മാ ഒന്നും പറയുന്നില്ല അത് ശ്രദ്ധിക്കുന്നു ഈ സദാത്മവിജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പരാതി പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഈ വേദമൊക്കെ പഠിച്ച് ഈ അഗ്നിഹോഹത്തിൽ മറ്റും ചെയ്യുന്നുണ്ടല്ലോ ഈ അറിവ് തന്നെ ഈ ലോകത്ത് എത്ര പേർക്കുണ്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മളോടല്ല സംസാരിക്കുന്നു വൈദികനോടാണ് വൈദിക സംസ്കാരോടോടാണ് എന്താണ് കാര്യകരണ സംഘാത വ്യതിരിക്തും ഞാൻ ഈ കാര്യകരണ സംഘാതത്തിൽ നിന്ന് ശരീരമന ബുദ്ധി ഇന്ദ്രിയങ്ങളിൽ നിന്നും വ്യതിരിക്തനാണ് വ്യതിരിക്തനായ ജീവനാണ് ഞാൻ ഇതല്ല കർത്താവ് ഭോക്താവ് ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നതിപ്പോൾ നിങ്ങളറിയുന്നുണ്ടല്ലോ ആര് നമ്മളല്ല വൈദികര് ഈ ഒരു അറിവ് തന്നെ എത്ര പേർക്കുണ്ട് മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒരറിവ് ഈ അറിവ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി നിങ്ങൾ വേദം പഠിച്ച് വേദത്തിൽ ഒരുപാട് അഭ്യാസം ചെയ്ത് മീമാംസ ഒരുപാട് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ബോധ്യം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ ഇത് സ്വഭാവത പ്രാണിന വിജ്ഞാനന്ദർശന ഒരു കാര്യം ഉറപ്പാണ് പ്രാണികൾക്ക് ഇത് സ്വയം ഇങ്ങനെ ഒരാർക്കും ഉണ്ടാകുന്നില്ല ആത്മബോധം ഒരു പ്രാണിക്കും സ്വയം ഉണ്ടാകത്തില്ല ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകാനും പോകുന്നു ഒരു പായത്തെ അവലംബിക്കാതെ തനിയങ്ങുണ്ടാകത്തില്ലല്ലോ ചിലർക്കൊക്കെ അങ്ങനെ തനിയുണ്ടാകുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ചെയ്യുന്നതായി കാണുന്നില്ല ഒന്നുകിൽ അത് വെറും അവകാശവാദമായിരിക്കും അല്ലെങ്കിൽ അവർ പരിശ്രമം മുമ്പ് എന്തോ ചെയ്തിരിക്കും നമുക്കറിയില്ലെന്നേ ഇപ്പോഴും അതൊക്കെ സംഭവിച്ചിരിക്കും സ്വഭാവത സഹജമായി എന്താണോ ഇത്രയും ജ്ഞാനം പോലും ഞാൻ ശരീര വിദഗ്ധനായ കർത്താവാണ് ഭോക്താവാണെന്നുള്ള ബോധം പോലും ഉണ്ടാകുന്നില്ല പരിശോധിച്ചു ഇതിനെക്കുറിച്ച് ഒരിക്കലും കേൾക്കാതിരുന്നാൽ ഇതാരെങ്ങനെ അറിയും അറിയുന്നില്ലല്ലോ ഒരാൾക്ക് കേൾക്കുന്ന അവസരം ഉണ്ടായി ലോകത്ത് കൂടാനുകൂടി ജീവന്മാരിൽ മനുഷ്യർ തന്നെ ഉണ്ട് കൂടാനുകൂടി എത്ര പേര് ഇതറിയുന്നുണ്ടോ ഈ ശരീര ഭിന്നമായിട്ടൊരാത്മാവുണ്ട് അതാണ് താനും അറിയുന്നില്ലല്ലോ വേദം പഠിച്ചവനറിയും അങ്ങനവനും പറയുന്നത് കേട്ടറിയും ഗുരു പറഞ്ഞുകൊടുക്കുമ്പോൾ അറിയുന്നു അത്ര ഇത് തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ കിമു തസ്യ സദാത്മവിജ്ഞാനം പിന്നെയാണോ ഈ സദാത്മവിജ്ഞാനം ആ സത്താണെന്നറിയുക വേദം പഠിച്ച് ഉപനിഷത്വം പഠിച്ച് അദ്വൈതവും പഠിച്ച് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചാൽ കൂടിയും ഒരുവനറിയുന്നില്ല സദാത്മ ഞാൻ ആ സത്താണ് മറ്റു പല വിജ്ഞാനവും ഉണ്ടായാലും സദാത്മവിജ്ഞാനവും ഉണ്ടാകുന്നില്ല ഇപ്പം ശരീരവ്യതിരക്തമായ ഒരാത്മാവുണ്ടെന്ന് പോലും സാധാരണ മനുഷ്യ അറിയാതിരിക്കുമ്പോൾ സദാത്മവിജ്ഞാനം എങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് നീ സത്താണെങ്കിൽ ഞാൻ സത്താണെന്ന് അറിയേണ്ടതാണെന്ന് പറയുന്ന കാര്യമുണ്ട് അത് നമ്മുടെ അങ്ങനെ ഒരറിവുണ്ടാകുന്നില്ലെന്ന് ഉണ്ടാകുന്നു എന്നല്ല മറിച്ച് പിന്നെ ഉണ്ടാകുന്നു സദാത്മവിജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു അതിനുള്ള ഉപായം വരണം നേരത്തെ പറഞ്ഞ സമ്മാനം ഈ പുസ്തകം ആണ് ഇതെന്ന് എന്തുകൊണ്ടറിയും എന്തോപായങ്ങളുള്ളത് കൊണ്ട് എന്താ ഉപായം ചക്ഷിരേന്ദ്രിയും മനസ്സ് വെളിച്ചം സാന്നിധ്യം അതിൻ്റെ സന്നിധി തുടങ്ങിയ അനേക നിമിത്തങ്ങളൊന്നു ചേരുമ്പോൾ ഇത് പുസ്തകമാണെന്നുള്ള അറിവുണ്ടാകും അതിന് എന്തെല്ലാം നിമിത്തങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമുണ്ട് അറിയുന്നവനെ തന്നെ ബോധ്യമുണ്ട് പക്ഷേ അനേക നിമിത്തങ്ങളോ ഇവ പ്രകാശം പോയി അറിയാൻ പറ്റുന്നില്ല കണ്ണടച്ച് അറിയാൻ പറ്റുന്നില്ല മനസ്സ് വേറെ എവിടെയെങ്കിലും ചിന്തിക്കുന്നു അറിയാൻ പറ്റുന്നില്ല ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതിന് ഒരുപാട് നിമിത്തങ്ങളുണ്ട് ഇതറിയുമ്പോൾ തലയ്ക്കകത്ത് തന്നെ എന്തെല്ലാം പ്രവർത്തനങ്ങളും നടക്കുന്നു തലച്ച പോലെ തന്നെ എന്തെല്ലാം രാസപ്രവർത്തനങ്ങളും ഇതെല്ലാം നമുക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പോ ആ നിമിത്തങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ ഇതറിയുന്നു നേരത്തെ പറഞ്ഞല്ലോ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതറിയേണ്ടതാണെന്ന് നമ്മള് പറഞ്ഞത് അതൊരു ബാലിസ്യമായ വാദമാണ് ഒരു വസ്തു ഉണ്ടെങ്കിൽ അറിയണമെന്നില്ല ഇപ്പൊ എന്റെ മുമ്പിൽ എന്തൊക്കെയുണ്ട് എനിക്കറിയത്തില്ല എന്തോ ചിലതൊക്കെ ഞാൻ അറിയുന്നു അറിയാത്ത എന്തല്ല എന്റെ മുമ്പിലുണ്ട് അതില്ലാത്തതു കൊണ്ടാണോ അല്ല അതുപോലെ തന്നെ സദാത്മ ഞാൻ ഇപ്പൊ എന്തുകൊണ്ടത് അറിയുന്നില്ല പറഞ്ഞു അറിവില്ലായ്മ തന്നെ മറ്റൊന്നും കാരണം പറയാനില്ല എനിക്കതിനെക്കുറിച്ച് അറിവില്ലായ്മ അറിയുന്നില്ല എനിക്ക് അറിവില്ലായ്മയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂ മേസിക്കകത്ത് എന്തിരിക്കുന്നു ഞാൻ അറിയുന്നുണ്ടോ എൻ്റെ മുമ്പിലുണ്ട് അറിയേണ്ടതല്ലേ എന്ന് വിശദ എനിക്കൊന്നേ പറയാൻ പറ്റൂ എനിക്കറിവില്ല അറിവില്ലായ്മ അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അറിവില്ലായ്മയാണെങ്കിൽ അവിടെ അറിവില്ല അറിവുണ്ടെങ്കിൽ അറിവില്ലായ്മയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളണം എന്ന് നിയമമില്ല അതുതന്നെയാണ് സത്തിനെ സംബന്ധിച്ചു സുസ്വരൂപം സ്വത്താണ് പരമാർത്ഥമാണ് പക്ഷെ അറിവില്ലായ്മയാണെങ്കിൽ ആരോട് പറയാം അറിവ് വരുമ്പോൾ അറിവ് വന്നവരിൽ അറിവില്ലായ്മ നശിക്കുന്നു എന്നേ പറയാൻ പറ്റും നമ്മൾ പലപ്പോഴും യുക്തി എന്ന് കരുതുന്നതിന് യുക്തി ആഭാസം യുക്തി പോലെ തോന്നുന്നതെന്നും ചിന്തിച്ചാൽ യുക്തി അല്ലാതായിത്തീരുന്നുമാണ് അതുകൊണ്ട് സുസ്വരൂപത്തെ സംബന്ധിച്ചും ശ്രുതിയുടെ ശ്രവണമനന ിലൂടെ ഇതറിയാൻ പറ്റും അല്ലെങ്കിൽ അറിയാം അതാണ് അതിൻ്റെ ഉപായം പുസ്തകത്തെ അറിയുന്നതിന് കണ്ണുപായമായെങ്കിൽ വെളിച്ചം ഉപായമായെങ്കിൽ ഇവിടെ ഉപായമാണ് ആചാര്യൻ ശ്രുതി ശ്രവണം മനനം അതിനുവേണ്ടുന്ന യോഗ്യതകളെ സമ്പാദിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മറ്റെന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ജപതപങ്ങളെല്ലാം ഇതെല്ലാം അതിന് ഉപായങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ ഇതും അറിയാൻ പറ്റൂ ഇതൊരു വിശേഷ അറിവൊന്നുമല്ല മറ്റെല്ലാ അറിവുകളെയും പോലെ തന്നെ ഇതിനെ സംബന്ധിച്ചു മറ്റെല്ലാ അറിവുകൾക്കും ഇത്തരം പരിമിതികളുണ്ട് ഒരുപാട് നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു അതേ നീ സത്താണെങ്കിൽ അറിഞ്ഞുകൊള്ളണം എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു ബുദ്ധി പറയുന്ന പോലെ നമുക്ക് തോന്നും അതിന് അങ്ങനെയൊന്നുമില്ല എന്നറിച്ചാണെങ്കിലോ ഏവം വ്യതിരിക്ത വിജ്ഞാന സ്ഥിതി ഇത്യാഷാം കർത്തൃത്വാതി വിജ്ഞാന സംഭവത്തി മറിച്ച് ഇത് ശരീരാധി വ്യതിരിക്തമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോ ആ കർത്തൃത്വാദിവിജ്ഞാനം ഇല്ലാതാവും ആ ബോധം ആദ്യം ഉണ്ടാവും അങ്ങനാണ് കുറവ് മീമാംസ ഉത്തരമീമാംസ അങ്ങനെ പറയും ഇപ്പോൾ ഒരാ ഒരാചാര്യന് ഇവിടെ തന്നെ ശ്രുതി തന്നെ ഇവിടെ തത്വം വസികടുത്ത് നേരിട്ട് ബോധിപ്പിക്കുന്നു പലയിടത്തും ബോധിപ്പിക്കുന്ന അങ്ങനെ അല്ല മനോബ്രഹ്മേക്ക് വാസിക്കുക മനസ്സിനെ ബ്രഹ്മം ഒന്ന് വാസിക്കുക നാമത്തെ ബ്രഹ്മം എന്ന് കാരണം ഗുരുവൻ്റെ മനസ്സിന് അത്രയെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അത്രയും ഉപദേശിച്ചു അങ്ങനെയെങ്കിലും ഗ്രഹിക്കുക അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ശരീര വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട് അത് കർത്താവ് ഭോക്താവാണ് അങ്ങനെയെങ്കിലും ഗ്രഹിക്കുക അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തപടിയായി അതിലുള്ള അപ്പോൾ അവിടെ ചോദ്യം വരും അതെങ്ങനെയാകും എങ്ങനെ കർത്താവും ഭോക്താവാകും നിർഗുണമായങ്ങനെ അത് സംഭവിക്കും ഇങ്ങനെയുള്ള മനനം വരുമ്പോൾ അതും മാറുന്നു ആ സംശയദോഷങ്ങളും മാറുന്നു അങ്ങനെയാണ് സാധാരണ ഇതിനെ ഗ്രഹിക്കുന്നത് ബുദ്ധിത്വം എന്ന സദാത്മവിജ്ഞാനം അതുകൊണ്ട് ഒരാൾക്ക് ശരീര വ്യതിരിക്തമായ ആത്മബോധം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സദാത്മവിജ്ഞാനം ഉണ്ടാകുന്നില്ല ഇനി സാധാരണ മനുഷ്യന് എന്താണ് ദേഹാദിഷാത്മബുദ്ധിത്വം ഇങ്ങനെ ഇതൊന്നും ചിന്തിക്കുന്നില്ല ആത്മാവുമില്ല അനാത്മാവുമില്ല ബന്ധവുമില്ല മോക്ഷവും ഇല്ല സത്തില്ല അസത്തില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ പ്രാണി ഒരു മനുഷ്യൻ അവന് എന്താണ് നീ ആരാണ് ഞാൻ ഇതുതന്നെയാണ് എന്തിനാ ചോദ്യം ചോദിച്ചതെന്ന് അവൻ ചോദിക്കും നീ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞു ചോദ്യത്തിന് പ്രസക്തിയില്ല നിങ്ങൾ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ ഞാൻ ആരാണെന്ന് എനിക്കറിയാം അത് ശരീരാഭിമാനത്തോടു കൂടിയാണോ അവൻ്റെ മറുപടി ഇത് സഹജമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ബോധത്തിൽ ഇരിക്കുന്ന ആളിനെങ്ങനെ സദാത്മവിജ്ഞാനുണ്ടാവും ഞാൻ സത്താണെന്നുള്ള ബോധം എങ്ങനെ ഉണ്ടാവും ഉണ്ടാകാതിരിക്കുന്ന ആളിലെങ്കിലും കുറ്റമാണ് അല്ല പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇതാണ് അറിവില്ലായ്മ ഏതൊരു അറിവാണോ നമുക്കില്ല എന്ന് തോന്നുന്നത് അതിന് കാരണം അറിവില്ലായ്മ നിലനിൽക്കുന്നതാണ് അറിവില്ലായ്മ അറിവുകൊണ്ട് മാറുന്നു അറിവിനാർജിക്കുന്നതിന് ഉപായങ്ങൾ വേറെ അറിവിനാർജിക്കുന്നതിനുള്ള ഉപായങ്ങളിലൂടെ അറിവുണ്ടാകുമ്പോ ഈ അറിവില്ലായ്മ മാറുന്നു അറിവിനെ ആർജിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് എന്താണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം അത് എന്തിനു സഹായിക്കുന്നു അറിവില്ലായ്മയെ മാറ്റാൻ സഹായിക്കുന്നു അപ്പൊ അറിവില്ലായ്മയെ മാറ്റാൻ സഹായിക്കുന്ന ആ ബോധം അത് എന്തുകൊണ്ട് ഇത്രയും അറിവുണ്ടായിട്ടും അറിവില്ലായ്മ മാറുന്നില്ല കാരണം അതൊന്നും സ്വരൂപ ബോധമല്ല വിഷയബോധമാണ് വിഷയബോധത്തിന് അറിവില്ലായ്മയെ മാറ്റാൻ കഴിവില്ല മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു വിരുദ്ധമായി പറയുന്നെന്ന് തിരിക്കരുത് അറിവുണ്ടാക്കുന്നതല്ല ഇത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അറിവുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യം തോന്നുന്നത് രണ്ടും രണ്ടാണ് നമ്മൾ പഠിച്ചുണ്ടാക്കുന്ന അറിവെല്ലാം വിഷയജ്ഞാനം ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് സ്വരൂപജ്ഞാനം രണ്ടും രണ്ടാണ് ഇവിടെ ചർച്ചയിൽ നിന്ന് മുഴുവൻ സ്വരൂപജ്ഞാനത്തെക്കുറിച്ചാണ് വിഷയജ്ഞാനം അല്ല സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടുള്ളതിനാണ് പറയുന്നത് സ്വരൂപം എന്ന് പറയുന്ന വിഷയമല്ല അതിനെ കുറിച്ചുള്ള ജ്ഞാനം സദാത്മവിജ്ഞാനം ആ വിജ്ഞാനം അവിടെയുള്ള അറിവില്ലായ്മയും മാറ്റുന്നു അതാണ് സംഭവിക്കേണ്ടത് തസ്മത് വികാരൃത ജീവാത്മവിജ്ഞാന നിവർത്തകമേ വൈദം വാച്യം തത്വമസിദ്ധം ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം ഇവിടെ മുഴുമിപ്പിച്ചു പൂർത്തിയാക്കി അവസാനിപ്പിച്ചു എന്നാണ് ഭാഷ്യകാരം പറയുന്നത് പത്ത് മത്സ്യ സംബന്ധിച്ചു ഒന്നും പറയാനില്ല പക്ഷെ ഒരാൾ പറയുന്നു ഇതുവരെ കേട്ടിട്ടു എനിക്ക് അത് പിടികിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പിടികിട്ടത്തില്ല ഇതിൽ നിന്ന് വിഷയജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഇത് പിടികിട്ടത്തില്ല ന്തർമുഖമായി ഗ്രഹിക്കുന്ന ജ്ഞാനം ശ്രവണമെന്ന നിധ്യാസനങ്ങൾ ആത്മനിഷ്ഠമായിട്ടാണ് വിഷയനിഷ്ഠമായിട്ടല്ല ബദർനിഷ്ഠമായിട്ടല്ല അത് സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് അതെന്ത് ചെയ്യുന്നു വികാര അനർത്ഥ അഭിസന്ധികൃത ജീവാത്മവിജ്ഞാനം നിവർത്തകം ആ ജ്ഞാനം ഇപ്പോ ഉള്ള ജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതാണ് ാണ് ജീവാത്മവിജ്ഞാനം ചിലർക്ക് ശരീരാത്മവിജ്ഞാനമാണ് ചിലർക്ക് ശരീര അതിരിക്തമായ ജീവാത്മവിജ്ഞാനമാണ് ഈ വിജ്ഞാനത്തെ നിരാകരിക്കുന്ന സദാത്മവിജ്ഞാനം അതാണ് തത്വമസി ബോധിപ്പിക്കുന്നത് തത്വമസിയുടെ താത്പര്യം അതാണ് ഇതാണ് തനിക്ക് പറയാനുള്ളത് അവസാനമായി ആത്യന്തികമായി ബോധിപ്പിക്കാനുള്ള ഇതാണ് ആ സദാത്മവിജ്ഞാനം ഇവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും പറയുന്നില്ല യോഗത്തെക്കുറിച്ച് പറയുന്നില്ല ത്യാഗത്തെക്കുറിച്ച് പറയുന്നില്ല സമാധിയെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെയുള്ള ഒരു വിഷയവും പറയുന്നില്ല മനസ്സെന്താണ് അനാത്മവിജ്ഞാന ജീവാത്മവിജ്ഞാനത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് പറയുന്നില്ല ഞാൻ പറയുന്നത് വിജ്ഞാനം സ്വരൂപജ്ഞാനം അജ്ഞാനത്തെ ഭ്രമത്തെ സംശയങ്ങളെ നിരാകരിക്കുന്നു ആ സംശയങ്ങളിലെല്ലാം പെട്ടുഴലുന്ന ഒരു ജീവനാണ് ഇപ്പം ഈ വിപരീത വിജ്ഞാനം ഇരിക്കുന്നു ഞാൻ താളി ശരീരമാണ് ഞാൻ ഇത് ചെയ്യുന്നവനാണ് അനുഭവിക്കുന്നവനാണ് ഈ തരത്തിലുള്ള ബോധങ്ങളെല്ലാം ഇതിൽ പെട്ടിരിക്കുന്നവനാണ് അതിനെ നിവർത്തിപ്പിക്കാനാണ് തത്വമസിന്ന് പറയുന്നത് തത്വമസിയിൽ നിന്ന് നൂടെപ്പിക്കുന്നു എങ്ങനെ നൂടത്തിപ്പിക്കും ആ വാക്യം അതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകും സദസ്മി തൻസാണ് ആ ബോധം ഈ ഭ്രാന്തികളെ നിരാകരിക്കുന്നു അതാണ് വികാര അനൃത അഭിസന്ധി വികാര അനൃതങ്ങളിലുള്ള നിശ്ചയം തനിതാണ് മറിച്ച് എന്താണ് വിജ്ഞായ അതും നിശ്ചയമാണ് മറിച്ചുള്ള നിശ്ചയം ഇതല്ല എന്നുള്ള നിശ്ചയം ഇവിടെ വിപരീത നിശ്ചയം അവിടെ ശരിയായ നിശ്ചയം ആ നിശ്ചയമാണ് ദോഷങ്ങളെ ദൂരീകരിക്കുന്നത് ആ നിശ്ചയം കൊണ്ട് ദോഷങ്ങൾ ദൂരീകരിക്കപ്പെട്ടാൽ സംശയങ്ങൾ ഒഴിവായാൽ ഭ്രാന്തി ഒഴിവായാൽ പിന്നീട് സമ്പത്തിക്ക് വേണ്ടി ശരീരം തുടരുക ജീവിതം തുടരുക അത്രമാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ എന്നാണ് തത്തുമസീൻ ഭക്ഷ്യകാരൻ നമ്മളെ ബോധിപ്പിക്കുന്നത് ഇത് സിദ്ധം പക്ഷെ ഇത് ബോധ്യപ്പെടുന്നില്ല കഥ പറഞ്ഞു എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നില്ല ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നുള്ളതിനനുസരിച്ചാണ് ഇത് ബോധ്യപ്പെടുന്നത് ബുദ്ധി വീണ്ടും വിഷയഗ്രഹണത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ സ്വരൂപഗ്രഹണത്തിലല്ല വിഷയഗ്രഹണത്തിലാണ് അത് ചീലിച്ചു പോയി കുട്ടിക്കാലം പോലെ പഠിക്കണത്തിലാണ് സ്വരൂപത്തെപ്പോലും വിഷയം ആഗ്രഹിക്കുക ആത്മാവിനെ പ്രത്യക്ഷം ആക്കണം ഈ വാശിയിൽ ജന്മങ്ങളോളം ഒരാൾക്ക് തപസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മാസ്വയം അവരോക്ഷമായിരിക്കുന്നതിനാരും എങ്ങനെ പ്രത്യക്ഷമാക്കുമെന്ന് സാധിക്കുന്ന കാര്യമില്ല പക്ഷെ അത് വാശി ചെയ്യും അങ്ങനെ പോകും പിടികിട്ടാതെ അപ്പം ഇത് നേരിട്ട് തത്വമസിന്ന് കേൾക്കുന്നവനെല്ലാം ആത്മനിഷ്ഠനാവും എന്നൊരു എന്നൊന്നും ശ്രുതി കരുതുന്നില്ല ഇവിടെ ആചാര്യനും കരുതുന്നില്ല ഭക്ഷ്യകാരനും അങ്ങനെ കരുതുന്നില്ല ശ്രവിക്കാൻ കേൾക്കുന്നതിന് ആർക്കും അവകാശമാണ് ജിജ്ഞാസ ഉള്ളവനാണ് അതിനും ഉത്തമനായ അവകാശം ഇനി ജിജ്ഞാസ ഇല്ലാത്തവനും കേൾക്കാം കേട്ടുപോകാം പക്ഷെ വിശേഷിച്ചൊന്നും സംഭവിക്കില്ല സംഭവിച്ചില്ലെങ്കിലോ ഭക്ഷണം പറയുന്നു വീണ്ടും ഈ ശ്രുതി ഈ ഉപദേശങ്ങൾ ഇങ്ങനെ പലതരത്തിൽ പറയുന്നത് അത്തരക്കാരുദ്ദേശിച്ചിട്ടാണ് എന്തുകൊണ്ടിത് അവസാനിക്കുന്നില്ല പരമാവധി തത്വത്തെ വെളിപ്പെടുത്തിയിട്ടും വീണ്ടും ഉപാസനയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും വീണ്ടും പോകും ഗുരുവനെന്താണോ താത്പര്യം ഗുരുവനെന്തിനാണോ ശ്രദ്ധ അതവനോട് പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളു അതിന് ശ്രദ്ധയില്ലാത്തവനെന്നുള്ള പ്രയോജനം ഉണ്ടാവത്തില്ല നിർബന്ധിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വിശേഷം ഉണ്ടാവും അതുപോലെ തന്നെ ആശ്രമത്തിൽ വരുന്നവരെയൊക്കെ ബലാത്കാരമായി തത്തുമസി രണ്ട് ചെവിയിലൂടെയും അടിച്ചു കയറ്റി ഒരു ആപ്പ് വിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെ ശരിയാവൂ ഇല്ല എന്തുകൊണ്ടതിനാല്പര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യം അതിന് വിശ്വാസമില്ല ശ്രദ്ധയില്ല ഇതുപയോഗമില്ലാത്താണെന്ന് നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു നിശ്ചയിച്ചിരിക്കണേത് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് വെറുതെ സമയം കളയാൻ കൊള്ളാം എന്നൊരാൾ നിശ്ചയിച്ചിരിക്കണെങ്കിൽ ഇതെന്താ പ്രയോജനം ചെയ്യുന്നു ശ്രോതാവിന്റെ നിലയാണോ ശ്രുതി ശ്രോതാവിന്റെ നിലയ്ക്കനുസരിച്ചാണ് ഉപദേശം പരമമായ സസ്യത്ത് ഇനി ഒരാൾക്ക് ജിജ്ഞാസയുണ്ട് ശ്രദ്ധയുണ്ട് പക്ഷെ യോഗ്യതയില്ല ഗ്രഹണം സംഭവിക്കുന്നില്ല ഫലം അവിടെ കാണുന്നില്ല അങ്ങനെ വന്നാലോ എന്നാലും ചെതി പറയുന്നു വേറെ വഴിയുണ്ട് മറ്റു വഴിക്ക് പോവുക എന്നിട്ട് നേരെ വഴിക്ക് പോകാൻ കഴിയാത്തവനും മറ്റു വഴി കാണിച്ചു കൊടുക്കുന്നു ഏതെങ്കിലും വഴിയിലൂടെ ഇവിടേക്ക് എത്തിച്ചേരുക അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് നാരദനക്കുമാര സംവാദം പല കാര്യങ്ങളും പറയുന്നുണ്ട് നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയും മനസ്സിനെ ബ്രഹ്മമായിട്ട് ഇങ്ങനെയുള്ള പലതരത്തിലും പറയും ചിലർക്ക് ഇതിനൊക്കെ ആയിരിക്കും താല്പര്യം ശരിയായ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ബോധിപ്പിക്കുന്നതിന് താല്പര്യക്കുറവായിരിക്കില്ല കഴിവ് കുറവായിരിക്കും അങ്ങനെ ബുദ്ധിക്ക് ഗുണവും ദോഷവും ഉണ്ടല്ലോ ബുദ്ധിദോഷം കൊണ്ട് ചിലപ്പോൾ അത് നിസ്സഹനായിക്കും അവിടെ തത്വശ്രവണത്തിലും തത്വഗ്രഹണത്തിലും ഒരാൾ നിസ്സഹനായാൽ അവരെ കൈവിടാൻ പറ്റും ശ്രുതി ആരെയും കൈവിടുന്നില്ല ശ്രുതിയുടെ മുമ്പിൽ സർവരും അധികാരികളാണ് യോഗ്യതയ്ക്കനുസരിച്ച് ഉപദേശം മാറുമെന്ന് അതാണ് അടുത്ത് പറയുന്നത് അടുത്ത അധ്യായം പരമാർത്ഥത്വ ഉപദേശ പ്രധാനപരഹ ഷ്ടോദ്യ സതൈകത്വ നിർണ്ണയപരതയുക്ത എന്താണ് ഈ ആറാം അധ്യായത്തിന്റെ ഉപയോഗം അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടിത് അവസാനിക്കുന്നില്ല പരമാർത്ഥത്വ ഉപദേശ പ്രധാനപരഹ ഷ്ടോദ്യ പരമാർത്ഥ തത്വത്തെ ഉപദേശിക്കും നേരിട്ട് സാക്ഷാത് ജാനം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയേണ്ടത് സദാത്മേകത്വ നിർണ്ണയം പറഞ്ഞല്ലോ വിജ്ഞായ സ്വത്വ മത്വ വിജ്ഞായ നിർണ്ണയം അഭിസന്ധി എന്നെല്ലാം ഭാഷകാലം പറയുന്ന പദങ്ങളെല്ലാം ഈ ഒരു കാര്യത്തിന് അത് നിർണയിക്കുക സംശയരഹിതമായി ബോധിക്കുക ഉപയുക്ത അതാണിത് അതിനുവേണ്ടിട്ടാണ് ഈ ആരാധ്യായം സംശയരഹിതമായി ബോധിക്കാന്ന് പറഞ്ഞാൽ ബോധിച്ചോ മതിയോ ഇത്രയേ ഉള്ളൂ ഈ കാര്യം ചെറിയ ചോദ്യം അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ബോധിച്ചതാണല്ലോ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ ആദ്യം പറഞ്ഞപ്പോ തന്നെ സംഗതി പിടികിട്ടിയതാണ് ഏട്ടുകൊല്ലത്തിനൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്തവം വായിച്ചപ്പോഴോ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ഉദ്ദേശം കാര്യം മനസ്സിലായതാ പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ലല്ലോ ചെന്ത ബോധിച്ചിട്ടില്ല എന്നാണ് എന്റെ താല്പര്യം ബോധിച്ചാൽ പിന്നീട് അവനെന്താണ് കൃതകൃത്യത അതെ അടയാളം എന്തുകൊണ്ടതിനെ സംശയങ്ങൾ വിപരീയങ്ങൾ ആ ബോധത്തെ ഹനിച്ചുകൊണ്ടിരുന്നു ഇന്നും അത് ഹനിച്ചുകൊണ്ടിരിക്കുന്നു മധ്യാ സൂര്യനെ അത് പൂർണ്ണപ്രകാശത്തിലാണെങ്കിൽ മേഘങ്ങളൊന്നും മൂടാം മാറാം വീണ്ടും പ്രകാശിക്കാം വീണ്ടും മാറാം അതുപോലെ സംശയാദി ദോഷങ്ങൾ ഇതിനെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു അതൊട്ടങ്ങോട്ട് മാറിയിട്ട് ഇത് പ്രകാശിക്കുന്നില്ല അതാ അങ്ങനെ നിൽക്കുമ്പോൾ അതെന്തെങ്കിലും ഒരു ദോഷമാണല്ലോ എന്തുകൊണ്ട് സംഭവിക്കുന്നു ആ ദോഷങ്ങൾ കൂടി നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസനകൾ പറയുന്നത് ജപവും തപവും അഭ്യാസങ്ങളെല്ലാം പറയും അതുപോലെ ഉത്തമ ഈ പറയുന്ന ഉപദേശങ്ങൾ മതി എങ്കിലും ഉപദേശം കേൾക്കുന്നവരിൽ ശ്രുതി ശ്രവണം ചെയ്യുന്നതിന് ഉത്തമനെന്നോ മധ്യമനെന്നോ അധവനെന്നോ ഒന്നും ചിന്തിക്കാറില്ല ശ്രവണത്തിൽ എന്തുകൊണ്ട് അഞ്ചാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ ഉപനയനം ചെയ്യിച്ചിട്ട് അവര് ശ്രുതിയെ ഉത്തമനോ മധ്യമനോ അഥവനോ ഒന്നും നോക്കിയിട്ടില്ല തന്നെ ഗ്രഹണ എത്ര പേര് ഗ്രഹിക്കുന്നവരിൽ തന്നെ ഈ ബുദ്ധിദോഷങ്ങൾ കുറഞ്ഞവരിൽ എത്ര ശ്രവണത്തിന് സർവ്വർക്കും അധികാരിയാണ് സർവ്വർക്കും അധികാരമുണ്ട് വൈദിക സമ്പ്രദായം പക്ഷെ അത് ബോധിക്കുന്നതിന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഒന്നുകഴിഞ്ഞു മറ്റൊന്നിലേക്ക് പോകും തത്തോസി പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അത് ഗ്രഹിക്കാത്തവരുദ്ദേശിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു എല്ലാവർക്കും ഇതിനൊരു അവസരം വേണമല്ലോ സദാത്മീകത്വ നിർണ്ണയം അത് സംഭവിച്ചിട്ടും ന സദോ łecsonāni, tatva practition� ICEOVER� prisingly, bodhiНуādiāni, prānānāndāni, krameñā riblyни no advisya' tattv questo diversionee. Paranā脆 Ḥ w сот dov atri lāina. i hinteri paarinte r Nayo-śyểm marja nisyaś sieht vāri manta. All ت things you've asked. വികാരലക്ഷണാനി തത്വ നിർദിഷ്ടാമം മനസ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു തത്വങ്ങൾ നാമാധീനി പ്രാണൻ വരെയുള്ള തത്വങ്ങളെ കുറിച്ച് ആത്മനിഷ്ഠമായി വിശദീകരിക്കുന്നു തദ്വാരണി ഇതിനെ ഉപയോഗിക്കാം ആത്മബോധത്തിന് ഇതിന്റെ ഉപാസനയിലൂടെ ഭൂമാക്യം നിരധിശയും തത്വം നിർദ്ദേശം എന്ന് പറയുന്ന നിർദ്ദേശീയമായ തത്വത്തെ ഇവിടെ അതിന് ഭൂമ എന്നാ പറയും ഇവിടെ ശബ്ദം മാറും ആരാധ്യത്തിൽ അതിന് തത്വന്ന് പറഞ്ഞു ഇവിടെ പറയുന്ന ഭൂമ വളരെ വലുത് വ്യാപകമായത് സർവാധാരമായിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഭൂമ എന്ന് പറയും ഏതുപോലെ ശാഖാചന്ദ്ര ദർശനവത് പൂർണ്ണചന്ദ്രൻ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ച് അവസാനം അത് ഒരു കല അല്ലെങ്കിൽ രണ്ട് കല അത്രമാത്രമായി ആകാശത്ത് നിൽക്കുക ആകാശം മുഴുവൻ ഇരണ്ടിരിക്കുന്ന സമയം ഒരാൾക്ക് ആകാശത്തിൽ ചന്ദ്രനെ കാണും പൂർണ്ണചന്ദ്രനാണെങ്കിൽ മലന്ന് നോക്കിയാൽ മതി ആരും ഉപദേശിക്കേണ്ട കാര്യങ്ങൾ നോക്കിയാലുടനതിനെ കാണും പക്ഷെ കലകളെല്ലാം ശോഷിച്ച് അത് പൂർണമായും അമാവാസിയിൽ മറയാറായി നിൽക്കുമ്പോൾ ഒരാൾ വേറൊരാളിനെ ചന്ദനെ കാണിച്ചു കൊടുക്കുകയാണ് ആകാശത്തോട്ട് നോക്കാൻ പോണേ ആകാശത്ത് നോക്കി ചന്ദനെ കണ്ടില്ല കണ്ടില്ല ഉയർന്നു നിൽക്കുന്ന മരത്തിൻ്റെ ആ ശാഖയിൽ നോക്കുന്നു പറയും ശാഖായം ചന്ദ്ര ശാഖയിൽ ആ ശാഖയിലാണെന്ന് പറയും ശാഖായം ചന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താ ശാഖയിൽ ചന്ദ്രനാണെന്നാണോ അല്ല ശാഖചന്ദ്രനാണെന്നാണ് അല്ല പക്ഷെ ബോധിപ്പിക്കാൻ അതേ ഉള്ളു കഴിഞ്ഞു കാരണം ഈ അനന്തമായ ആകാശത്ത് ആ ചന്ദ്രനെ കാണുന്ന ഭാഗത്താണ് ശാഖ അതുകൊണ്ട് ശാഖയിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശാഖ എന്ന് പറയുന്നത് ചന്ദ്രനെ ദർശിക്കുന്നതിനുള്ള ഒരു ഉപായമായി മാറി തത്തുമസ്യ അങ്ങനെയല്ല പൂർണ്ണ ചന്ദ്രനെ കാണിച്ചു കൊടുക്കും താ ചന്ദ്രൻ നോക്കിക്കും മേടോട്ട് കണ്ണു തുറന്നു നോക്കിയാൽ മതി അവിടെ ആകാശമൊന്നും പറയണ്ട ശാഖയെന്നും പറയണ്ട ഒന്നും പറയണ്ട അത് പൂർണ്ണമായി പ്രകാശിക്കുന്നു ഇവൻ്റെ കണ്ണനും തിമിരാതി ദോഷങ്ങളൊന്നുമില്ല അവൻ പൂർണ്ണമായി കാണുന്നു ആ ഇത് ചന്ദ്രൻ എന്നവന് ബോധം ഉണ്ടാവുന്നു ഇവിടെ അങ്ങനെയല്ല ഇത് മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അജ്ഞാനാദി ദോഷങ്ങൾ കൊണ്ട് തന്റെ മനസ്സിനെ തന്നെ മറച്ചിരിക്കുമ്പോൾ അതിനുപരിയായിരിക്കുന്ന അതിനെ ബോധിപ്പിക്കാൻ ഒരു ഉപാധിയായിട്ട് ശാഖയെ നിർദ്ദേശിക്കുന്നു ആ ശാഖയിൽ നോക്ക് അവൻ ശാഖയിൽ നോക്കുന്നു ശാഖയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ശാഖയിലൂടെ ശാഖയ്ക്കുമ്പോളിൽ നിൽക്കുന്ന ചന്ദ്രക്കരയെ കാണുന്നു അവിടെ വാസ്തവത്തിൻ്റെ ആ ശാഖയിൽ അല്ല ചന്ദ്രൻ ശാഖ അല്ല എന്നിട്ടോ ആ ശാഖ ചന്ദ്രനെ ബോധിപ്പിച്ചല്ലോ ചന്ദ്രനെ കാണിക്കാൻ ആ ശാഖ ഉപകരിച്ചല്ലോ ആ ഉപദേശം ഉപകരിച്ചല്ലോ ആചാര്യൻ ഉപകരിച്ചല്ലോ അതുപോലെ ഉള്ള ഉപാസനകൾ ഇവിടെ അതും ഉപകരിക്കും നേരിട്ടല്ലെന്നേ അവിടെ എന്താണ് അന്ധകാരം കൊണ്ട് ചന്ദ്രൻ പൂർണമായും മറഞ്ഞു പൂർണ്ണമായും മറിഞ്ഞതുപോലെ തോന്നി അതുപോലെ ഇവിടെ അജ്ഞാനം കൊണ്ട് സ്വസ്വരൂപം പൂർണ്ണമായും മറിഞ്ഞിരിക്കുമ്പോൾ ചില ഉപായങ്ങളിലൂടെ പറയുന്നു അത് ആ ഉപായത്തിലൂടെ നീ നോക്കുക ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കുക അതാണ് ശാഖാചന്ദ്ര നിദർശനം അതുപോലെ ഇവിടെ ഉപായാന്തരങ്ങളെ നിർദ്ദേശിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് സപ്തമം പ്രഭാടകം ആരംഭത്തെ ഏഴാമത്തെ ഈ പ്രപാഠകം ശ്രുതിഭാഗം ആരംഭിക്കുന്നത് നിർദ്ദിഷ്ട നിർദ്ദിഷ്ടേ അനിയാതും ആശങ്ക മറ്റ് തത്വങ്ങളെയൊന്നും ഇവിടെ ബോധിപ്പിക്കുന്നില്ല സൻ മാത്രേ ഞങ്ങൾ കേവലം സത്തിന് മാത്രം ബോധിപ്പിച്ചു അപ്പോ മറ്റുള്ള മനസ്സ് വാക്ക് തുടങ്ങിയതെല്ലാം അവിജ്ഞാതമാകും അതറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അതിനെയും ബോധിപ്പിക്കുന്നു അതിനെയും ഉപായമായി ബോധിപ്പിക്കുന്നു അധവാ സോപാന ആരോഹണവും സ്ഥൂലാതാരോഗ്യ സൂക്ഷ്മം സൂക്ഷ്മതരഞ്ച ബുദ്ധിപക്ഷം ഞാപയിക്ക തതിരീക്തി സ്വരാജ്യമീതി നാമാദീനെക്ഷത അല്ലെങ്കിൽ മറ്റൊരു സോഫാനാരോഹണം പോലെ പടി ചവിട്ടി രണ്ടാമത്തെ നിലയിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലോ എത്തിച്ചേരുന്നത് ഓരോ പടികളായി കടന്ന് കടന്ന് ആദ്യം താഴ്ത്തപ്പൊടി പിന്നെ മുകളിലോട്ടപ്പള്ളി ആദ്യ കാര്യങ്ങളെ നിർദ്ദേശം നാമത്തെ പിന്നെ മനസ്സിന് പിന്നെ പ്രാണനെ സ്തൂലത്തിൽ നിന്നും സൂക്ഷ്മം സൂക്ഷ്മം ഈ തരത്തിൽ ഇതിനെ ക്രമേണക്രമീണ ബുദ്ധി വിഷയമായി ബോധിപ്പിക്കുന്നു അങ്ങനെ ബോധിപ്പിച്ച അവസാനം അതിരിക്കെ ബുദ്ധിക്ക് അതീതമായ സ്വരാജ്യ അഭിഷ്യാമി സ്വരാജ്യത്തിൽ അവനെ ചക്രവർത്തി പഥത്തിൽ ചക്രവർത്തി പീഠത്തിൽ അവനെ അഭിഷേകം ചെയ്യുന്നു അവന് പരമാത്മപ്രാപ്തിയെ നേടിക്കൊടുക്കുന്നു അതിനൊരു ക്രമത്തെ സ്വീകരിച്ചിരിക്കുന്നു സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം അതിൽ നിന്ന് സൂക്ഷ്മം അങ്ങനെ അഥവാ നാമാരോത്തരവി അതിതരാം ജതേഷം ഉത്കൃഷ്ടിർത്താമ അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുന്നെന്ന് പറയാം ഈ ഭൂമ എന്ന് പറയുന്ന തത്വം സത്ര ശ്രേഷ്ഠമാണ് ഇവിടെ ഈ നാമം അതിശ്രേഷ്ഠമായിരിക്കുന്നു മനസ്സതില് ശ്രേഷ്ഠമായിരിക്കുന്നു പ്രാണതി ശ്രേഷ്ഠമായിരിക്കുന്നു ഇതിനെയൊക്കെ തന്നെ അത്ഭുതകരമായും അതിശയകരമായും ശ്രേഷ്ഠമായും കാണുകയാണെങ്കിൽ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ആ ഭൂമാതത്ര ശ്രേഷ്ഠമായിരിക്കും അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ആശ്ചര്യമാണ് കണ്ണു തുറന്നാൽ കാണുന്ന എല്ലാ അച്ഛരി കേൾക്കുന്ന എല്ലാ അച്ഛരി പറയുന്ന എല്ലാ അച്ഛരിയും ചുറ്റുപാടും കാണുന്നതെല്ലാം അവൻ ആശ്ചര്യപ്പെടുത്തുകയാണ് കാരണം ഏതെന്നിനെ കുറിച്ചാണോ ഒരുവനും മനസ്സിലാകാത്തത് അത് അവൻ ആശ്ചര്യത്തെ ഉണ്ടാക്കും ഹേതു അജ്ഞാനമാണ് നമ്മൾക്കെല്ലാം ആശ്ചര്യമാണ് അയാൾ യോഗിയാണ് അയാൾ ത്യാഗിയാണ് അയാൾ ജ്ഞാനിയാണ് അയാൾ ഭക്തനാണ് ഉത്തമനാണ് ദിവ്യനാണ് മഹാത്മാവാണ് എല്ലാം ആശ്ചര്യമാണ് എന്തുകൊണ്ട് ഇതിൻ്റെ ഒന്നും തത്വം അറിയത്തില്ല തത്വം അറിയുന്നവന് ഇവിടെ ഒന്നിലും ആശ്ചര്യമില്ല കാരണം എല്ലാം സ്വാഭാവികം അസ്വാഭാവികമായി അജ്ഞേയമായി അറിഞ്ഞിരിക്കൊന്നുമില്ല കൊണ്ടുവരു എല്ലാത്തിനും ആശ്ചര്യം അവിടെ ഒരാളൊരു അത്ഭുതം സംഭവിച്ചു ആകാശത്ത് ഇന്നതിനെ എടുത്തു വേറൊരാളവിടെ ഒരു അത്ഭുതം പറഞ്ഞു ഭാവിയെ പ്രവചിച്ചു ഇങ്ങനെയുള്ള ആശ്ചര്യങ്ങൾ ഇതിനൊന്നും ഒരാശ്ചര്യമില്ല തത്വത്തെ അറിയുന്നവന് തത്വത്തിനപ്പുറം ഒന്നും അറിയേണ്ടതായിട്ടില്ല അറിവില്ലായ്മയില്ല അതുകൊണ്ട് തന്നെ ആശ്ചര്യമില്ല പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനെ ആച്ചരിയുള്ളവനും ഓരോന്നിനെയും ആച്ചര്യപരമായി ശ്രേഷ്ഠമായി കാണുന്നു നാമാതി ഉത്തരോത്തരവിശിഷ്ടിതത്വാന ഈ നാമത്തെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സു മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രാണൻ എന്നിങ്ങനെ വിശിഷ്ടമായ കേമമായ തത്വങ്ങൾ അഗ്രഹിച്ച് ഉത്കൃഷ്ടമാണ് അതിനും ഉത്കൃഷ്ടമാണ് കേമമാണ് എന്നിങ്ങനത്തെ സ്തുത്തി എടുത്താൽ അവൻ ഇതിൽ രുചി ഉണ്ടാക്കാൻ എന്ന ചില മഹാത്മാക്കളൊക്കെ ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ ചില അത്ഭുതങ്ങളൊക്കെ കാണി അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനാത് അങ്ങനെ അത്ഭുതങ്ങൾ പ്രകാശിപ്പിക്കുന്നു കാരണം ഇതിൻ്റെ മഹത്വത്തെ അവനെ ബോധിപ്പിക്കാൻ അവനക്ക് ഇതിലൊക്കെ തന്നെ ഇത്രയും ആശ്ചര്യം ആണെങ്കിൽ ഇതിനും വലിയ ആശ്ചര്യമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിന് ശ്രദ്ധ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മഹത്വത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മഹാത്മാക്കൾ ചിലപ്പോൾ ചില ആശ്ചര്യങ്ങളെല്ലാം കാണിക്കുന്നത് അവൻ്റെ ശ്രദ്ധ അതെ ആകർഷിക്കത്തോളും ആരാധ്യമായി ഒന്നിലെ അവൻ്റെ മനസ്സ് നീക്കത്തുള്ളൂ അവന് ആശ്ചര്യത്തെ അതുകൊണ്ട് തസ്തുത്യർത്ഥം അതിനെ പുകഴ്ത്തുന്നതിന് വേണ്ടി നാമാദീനം ക്രമേണോപന്യാസ നാമാദികളിവിടെ നിർദ്ദേശിക്കുന്നു ആഖ്യായികു പരവിദ്യ ഇവിടെ ഒരു കഥാരൂപത്തിൽ പറയുന്നു സംഭവമായിട്ടൊന്നും എടുക്കരുത് എന്താണ് സനത് കുമാരൻ എന്ന് പറയുന്നത് ഋഷി ഒരിടത്തിരുന്നു അപ്പം നാരദനെന്ന് പറയുന്ന ഋഷി അടുത്തുചെന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വസ്തുസ്ഥിതി കഥനമായിട്ട് എടുക്കരുത് ഇങ്ങനൊരു സ്ഥലത്ത് സംഭവം നടന്നു എന്നിട്ട് ആകെ കുഴപ്പത്തിലാവും കാരണം ആരതം പറയുന്നത് തന്നെ ഞാൻ എല്ലാ വേദവും അധ്യയനം ചെയ്തു പക്ഷെ എനിക്ക് ബോധമുണ്ടായില്ല ശോ ചാമി ഞാൻ ദുഃഖിക്കുന്നു ശോകം എന്റെ ഈ ശോകത്തെ മാറ്റിത്തരൂ ഞാൻ സർവവേദങ്ങളും പഠിച്ചു എന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുന്നു സനക്കുമാർ ഉപദേശിക്കാൻ ഇത് കേട്ടപ്പോ നാരദന്റെ മോഹം എല്ലാം മാറി എന്ന് പറയുമ്പോ ഇത്രയും ഭാഗം നാരദന് സനത് കുമാരൻ ഉപദേശിക്കുന്ന ഭാഗം നാരദൻ പഠിച്ച വേദത്തിലില്ലായിരുന്നെന്ന് വരും ഉണ്ടായിരുന്നെങ്കിൽ ഇതും നാരദൻ പഠിച്ചിട്ട് നാരദന്റെ മോഹം മാറി അപ്പൊ ഇത് വന്നു ാരദൻ സനത്കുമാരന്റെ അടുത്ത് പോയതിന് ശേഷം വന്നതാണ് അതുകൊണ്ട് സിദ്ധമാകുന്നത് എന്താണ് ഈ വേദമെന്ന് പറയുന്ന അനാദിയൊന്നുമല്ല മുമ്പ് കുറച്ച് വേദമുണ്ടായിരുന്നു പിന്നെ നാരദൻ സനത് കുമാരൻ പറഞ്ഞുകൊടുത്ത വേദം അത് പിന്നീടുണ്ടായതാണ് അത് ഈ വേദത്തിനോട് കൂട്ടിച്ചേർത്താണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാൻ പറ്റും നാരദന് പറയാൻ പറ്റും ഞാൻ എല്ലാ വേദവും പഠിച്ചിട്ടും എനിക്ക് ബോധം ഉണ്ടായില്ല അങ്ങ് ഉപദേശിക്കുന്നു ഇപ്പോൾ സനത് കുമാരൻ ഉപദേശിച്ചു ഉപദേശവും വേദമാണ് പറയുന്നില്ല യുക്തി മനസ്സിലാക്കും അപ്പം ഈ വേദം മുമ്പ് ഇല്ലായിരുന്നു എന്ന് വരും കാരണം ഇത് ഇവിടെ കേട്ടുകഴിഞ്ഞപ്പോഴാണല്ലോ മരുന്ന ബോധം ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതും അന്ന് പഠിച്ച പഠിച്ചിരിക്കുന്നുല്ലോ വേദം പലതാണെന്ന് വരും വേദത്തിൽ കൂട്ടിച്ചേർത്തെന്ന് വരും ഇങ്ങനെയുള്ള ഒരുപാട് യുക്തിക്ക് നേരക്കത്തൊക്കെ ഈ കഥകളെ അതുപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കഥകളെടുത്തെന്ന് യുക്തി കേവലം വിശ്വാസങ്ങളെ ആചരിച്ചിട്ടാണ് കഥകളെ പറയുന്നത് അതുകൊണ്ട് ഭാഷകാലം പറയുന്ന കഥകളൊന്നും നിങ്ങൾ അങ്ങനെ സ്വീകരിക്കേണ്ടത് പരവിദ്യം പക്ഷേ ഇത് കഥയ്ക്കൊരു ഉദ്ദേശം ഉണ്ട് താല്പര്യമുണ്ട് ഉദ്ദേശം പരവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി ആത്മവിദ്യയെ സ്തുതിക്കുന്നതിനു വേണ്ടിയാണ് എങ്ങനെ എന്നാരത്യവീകൃതകർത്തവ്യവസ്ഥ യോവിസൻ പറയുന്നു ബ്രഹ്മാവിന്റെ മാംസപുത്രാണ് നാരദൻ അങ്ങനെയുള്ള ആ നാരദൻ പോലും കൃത കർത്ത കർത്തങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ് ഇനി ഒന്നും ചെയ്യാൻ സർവ് കഴിഞ്ഞവൻ സർവവിദ്യ സർവത്തെ അറിയുന്നവൻ സർവജ്ഞനായിരിക്കുന്നവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും നാരതം തന്നെ പറയുന്നു ഞാൻ സർവജ്ഞനാണ് ഞാൻ എന്തെല്ലാം വിദ്യകളാണ് പഠിച്ചിരിക്കുന്നത് ലോകത്തുള്ള സർവ്വ വിദ്യകളും പഠിച്ചു പഠിച്ചറിയേണ്ട സർവ്വതും പഠിച്ചു എന്നാണ് എല്ലാം അറിയണമെന്നുള്ള ഒരു വാശിയുടെ കാര്യമില്ലെന്നാണ് പറയുന്നു അങ്ങനെ ഒരു വാശിയുണ്ട് എനിക്കെല്ലാം അറിയും ആ പ്രശ്നം പഠിക്കണം ഈ പ്രസവം പഠിക്കണം വ്യാകരണം പഠിക്കണം വേദാന്തം പഠിക്കണം തർക്കം പഠിക്കണം വ്യാകരണം ഇങ്ങനെ പോകുന്നു അവസാനമില്ല അങ്ങനെയെല്ലാം മനസ്സിലാക്കിയ ആളാണ് നാരദൻ പക്ഷേ എന്താണ് കൃത്യകർത്തവ്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തു പഠിക്കേണ്ടതെല്ലാം പഠിച്ചു സർവീസ് അനാത്മജ്ഞത്വ പക്ഷേ സ്വസ്വരൂപ ബോധം ഉണ്ടായില്ല എല്ലാം തീ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകേണ്ടതല്ലേ അറിയണമെന്ന നിർബന്ധമില്ല എല്ലാം അറിയാതെയും അതറിയാം പക്ഷെ ഇതെന്ത് ചെയ്തു അനാത്മജ്ഞത്വ ശിശോ ച ദുഃഖിച്ചു അവൻ്റെ ഉള്ള പോയത് അടുത്ത് പോയി കരഞ്ഞു ഭഗവൻ എന്നെ ഉപദേശിക്കുന്നു ഞാനൊരുപാട് വിദ്യ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നു പക്ഷെ ഇതൊന്നും തന്നെ എന്നെ കൃതകൃത്യനാക്കുന്നില്ല കൃതകൃത്യത പറയുന്നത് കൃത കർത്തവ്യൻ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞവനാണെങ്കിൽ അവനും സ്വയം അത് അനുഭവിക്കേണ്ടതാണ് അതനുഭവിക്കുന്നുണ്ട് എല്ലാ അറിഞ്ഞും പറയും പരസ്പരം പൊരുത്തപ്പെടാത്ത കാര്യമാണ് നാരദന് പോലും ശിശുച ദുഃഖിച്ചുവെങ്കിൽ കിമ് വക്തവ്യം അന്യു അത്വ ജന്തു അകൃത പുണ്യ ജീവിക്കുന്നു എങ്ങനെയുള്ള ഒരു അല്പവിത്ത് അല്പസ്വല്പൊക്കെ അറിയുന്നവർ ചെറിയ അറിവുള്ളവൻ അകൃത പുണ്യാതിശയോ പുണ്യാതിശ്യമൊന്നും ചെയ്തിട്ടില്ല സത്കർമ്മങ്ങൾ ചെയ്തവന് പുണ്യവൃദ്ധിയും അങ്ങനെയുള്ള സാമാന്യ ജന്തു ദുഃഖിക്കുന്നു എന്നുള്ളതിൽ എന്താ ആദിശയം അസാമാന്യ ജന്തു ജീവൻ ഇതിനെ അറിയുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ ആതിശയം അതുമെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരന് പല പക്ഷങ്ങളും പറയാണ് ഇതെല്ലാം ബോധിപ്പിക്കാനെന്ന് വിജയത്തിലാണ് ശ്രുതിക്ക് ഇതൊക്കെ ബോധിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട് ഒരാൾ വേദമെല്ലാം അധ്യയനം ചെയ്തുകൊണ്ട് ആത്മബോധം ഉണ്ടാവണമെന്നില്ല വൈദികന്മാർക്കല്ല അതാ സംഭവിച്ചത്യ ആത്മജ്ഞാന ശ്രേയസാധനം അസ്ഥിത്യ പ്രദർശനാർത്ഥം സനത് കുമാര ആത്മലാഭം അല്ലാതെ വേറൊരു ശ്രേയസാധനം ഇവിടെ ഇല്ല മറ്റെന്തൊക്കെ പഠിച്ചാലും ശരി എന്തൊക്കെ അറിഞ്ഞാലും ശരി എല്ലാ ശാസ്ത്രവും നാവിൻ തുമ്പിലാക്കിയാലും ശരി മാന്യതാത്മജ്ഞാന നിരധിച്ച് ശ്രേയസാധനം ശ്രേയസാധനം ആത്മബോധമല്ലാതെ വേറൊന്നുമില്ല മറ്റേത് സാധനം അനുഷ്ഠിച്ചാലും ശരി അത് ആത്മബോധത്തിനുപകരിക്കണം അല്ലെങ്കിൽ അതെല്ലാം നിഷ്പ്രയോജനം ആത്മജ്ഞാനത്തിൽ അന്യമായി നിരദ്ധ ശ്രേയസാധനം നിരദ്ദേശിയുമായ സർവോത്കൃഷ്ടമായ ഒരു മോക്ഷ സാധനമില്ലേത് പ്രദർശനാർത്ഥം അത് ബോധിപ്പിക്കാനും ഇതിനെല്ലാത്തിനും വേണ്ടിയാണ് സനത്കുമാരൻ നാരദാഖ്യായിക ആരംഭിതവിജ്ഞാന സാധന ശക്തി സമ്പന്നസ്യാരദസ്യ ദേവശ്രീ ശ്രേയു നബഭു അതുകൊണ്ട് കഥയൊന്നും ഇത്രയെടുക്കുക എന്താണ് സർവവിജ്ഞാന സാധന ശക്തി സമ്പന്ന സർവ്വവിജ്ഞാന സാധന ശക്തി സമ്പന്നന ആയിരിക്കുന്ന ഒരുവൻ ആരിവിടെ ആരാണ് നാല് ദിവസം ദേവർഷി നാലവൻ ശ്രേയോ നമ്പഭൂ ശ്രേയസ് ഉണ്ടായില്ല കൃതകൃത്യത ഉണ്ടായില്ല ഇതാണ് സാധാരണ ഭാഗവതി കുറയുന്നത് എന്താണ് നാരദനെല്ലാ പുരാണങ്ങളും രചിച്ചു അവസാനം കൃതകൃത്യത് ഉണ്ടായില്ല അവസാനം ഭാഗവതം രചിച്ചു കൃതകൃത്യനായി നിങ്ങൾക്ക് അവസാനം അതുപോലെ ഈ കഥയിൽ നിന്നാണ് ആ കഥ ഉണ്ടായത് നാരദൻ എല്ലാ ശാസ്ത്രങ്ങളും ഗ്രഹിച്ചു പക്ഷെ ആത്മബോധം ഉണ്ടായില്ല ആത്മബോധത്തിന് വേണ്ടി നമ്മുടെ ഗുരുവിനെ സമീപിച്ചു ഈ കഥയിൽ നിന്നാണ് അങ്ങനെ ഒരു കഥ ഉണ്ടായി വന്നു നിൽക്കാൻ അതിൻ്റെ താല്പര്യം തന്നെ എന്താണ് ആത്മബോധം ഉണ്ടായില്ല സർവശാസ്ത്രവും ഗ്രഹിച്ചുകഴിഞ്ഞാൽ സർവ്വ വിദ്യകളും ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകണ്ടേ അത് തന്നെ ആത്മബോധത്തിന് തടസ്സമായിരിക്കും ഉത്തമ അഭിജന വിദ്യ കൃത സാധനശക്തി സമ്പത്ത് എന്നിവിത്ത അഭിമാനം മാത്രം അഭിമാനം ഹിത്വ പ്രാകൃത പുരുഷപുദ്ധ സനകുമാര വസ്തു ഉത്തമ അഭിജനൻ ബന്ധുബലം വിദ്യ അറിവ് വൃത്തം പുണ്യാചരണം സാധനശക്തി സമ്പത്തി സാധന സമ്പത്തി ഇതെല്ലാം കൊണ്ടുള്ള അഭിമാനം ഭീക്ക ഇതൊക്കെ അഭിമാനമാണ് ഇത് നാടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും ഉത്തമനായ ദിവ്യനായ ശ്രേഷ്ഠനായ ഭക്തനെന്ന അതാണ് സാധനശക്തി സമ്പത്തി ഭക് ഭക്തി എന്ന് പറയുന്നത് ഉത്തമമായ സാധനയാണ് ഉപായമാണ് ഈശ്വര പ്രാപ്തിക്കുന്നത് പക്ഷെ ആ സാധന സമ്പത്തി പോലും അഭിമാനം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അഭിമാനം വരുന്നു അതഹന്തെ നശിപ്പിക്കുന്നതല്ലേ അഭിമാനം വരാൻ ഞാൻ ഉത്തമനായ ഭക്തനാണ് മറ്റുള്ളവരെല്ലാം ഭക്തിയില്ലാത്തവർ നികൃഷ്ടരാണ് തത്വജ്ഞാനത്തിലും വരെ അഭിമാനമാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നു ബുദ്ധിയും കഴിവും വിവരമുള്ളവനാണ് താൻ മറ്റുള്ളവർക്കൊന്നും ഇതില്ല മൂഢന്മാരാണ് മണ്ടന്മാരാണ് ഇങ്ങനെ ഏത് മാർഗത്തിലും അഭിമാനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നാരദനെടുത്തു ഭക്തന്മാരുടെ അഭിമാനത്തെ ദൂരീകരിക്കാൻ വേണ്ടിട്ട് നാരദിനെല്ലാം ഉണ്ട് ഭക്തി മാത്രമല്ല സർവമുണ്ടായിരുന്നു പ്രാകൃത പുരുഷ സനത് കുമാരും ഒരു പ്രാകൃത പുരുഷനെ പോലെ സനത് കുമാരനെ സമീപിച്ചു നാരദനെപ്പോഴും നമ്മളറിയുന്നൊരു വിവാദ പുരുഷനായിട്ടാണ് ഈ നമ്മളറിയുന്ന നാരദൻ സനത് കുമാറിന്റെ കണ്ടതിന് മുമ്പുള്ള നാരദനാണോ അതെ പിൻപുള്ള നാരദനാണോ എവിടേക്കും നാരദന് ബോധമില്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ മുമ്പുള്ള നാരദം അപ്പോൾ അത് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പിൻപുള്ള നാരദം എന്തായാലും നാട നാരദന ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട് ഗുരുവിനെ പ്രാപിക്കുന്ന ഒരവസ്ഥർ അതൊക്കെ അതിന് കഥയായിട്ടെടുക്കരുത് അതൊരു തത്വമായിട്ട് എടുത്താൽ എല്ലാവരും നാരദന്മാരാണ് എല്ലാവരിലും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരാം എല്ലാവരിലും ഗുരുവിനെ പ്രാപിച്ച ദോഷത്തെ പരിഹരിക്കേണ്ടിയും വരും എന്തിനൂടെ ശ്രേയസാധന പ്രാപ്തസാധനത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി അത് പ്രഖ്യാപിതം ഭവതി നിരുദ്ദിശയപ്രാപ്തി സാധനത്തും ആത്മവിദ്യായ അതുകൊണ്ടിവിടെ ശ്രുതി വളരെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ് എന്താണ് നിർദ്ദേശീയപ്രാപ്തിക്ക് സാധനമാണ് ആത്മവിദ്യ മറ്റേതൊക്കെ വിദ്യകൾ കയ്യിലുണ്ടെങ്കിലും ആത്മവിദ്യയാണ് അതിന്റെ മുഖ്യ സാധനം എന്നിങ്ങനെ ബോധിപ്പിക്കുകയാണ്